ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ഒരു വചനമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത് രാവിലെ വിത്ത് വിതച്ചു തുടങ്ങണം വൈകുന്നേരത്തും ഇളക്കാതെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കണം വിത്ത് വചനമാകുന്ന വിത്തല്ലേ രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത് പതിനേഴാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയിലേക്ക് ഞാൻ വന്നു മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു അതൊരു മഹാഭാഗ്യമാണേ ഞാന് വളരെ സന്തോഷത്തോട് പറയുന്നു ജീവിതം കർത്താവിന് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ദൈവത്തിന് സ്തോത്രം തുടർന്ന് ഞാന് സ്കൂളിലും കോളേജിലും ഒക്കെ ജോലി ചെയ്തപ്പോഴും ഞാൻ അന്നും ഒരു സുവിശേഷകനായിരുന്നു കർത്താവിന്റെ വേലക്കാരനായിരുന്നു കർത്താവിന്റെ വചനം പറയുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു അതെന്റെ ഒരു വലിയ ഉത്തരവാദിത്വമായി ഞാൻ അത് കരുതിയിരുന്നു ഭാഗ്യവശാൽ ദൈവത്തിന്റെ വചനം പറയാൻ ധാരാളം ധാരാളം അവസരങ്ങൾ ലഭിച്ചു ഒട്ടേറെ യാത്രകൾ ചെയ്തു ഒട്ടേറെ പ്രസംഗങ്ങൾ ചെയ്തു പിന്നീട് ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ ധന്യമായ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം ഞാൻ ചേർന്നിരിക്കുന്ന സഭയിലും മറ്റും ചില എതിർപ്പുകളും ചില പോരാട്ടങ്ങളും ചില തെറ്റിദ്ധാരണകളും വന്നെങ്കിലും അതൊന്നും ദൈവകറയാലൊന്നും ബാധിക്കാതെ കർത്താവിന്റെ വേദയിൽ തുടർന്നു പോകാനിടയായി ദൈവമക്കൾ എണ്ണം കൂടിക്കൂടി വന്നു സഹായിക്കാനും സഹകരിക്കാനും അനേകം ദൈവമക്കൾ സന്തോഷത്തോടെ ഏകമനസ്സോടെ കടന്നുവരാനിടയായി എല്ലാം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യമെന്ന് കരുതുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു ദൈവം ഭാഗ്യവശാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം അത് ദൈവം ഒരു ലക്ഷ്യം ശരിയാക്കി നോക്ക് തന്നു വേറെ ലക്ഷ്യമില്ലാതെ തന്നു വേറെ നോക്ക് ലക്ഷ്യമില്ല നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേറെ ലക്ഷ്യമില്ലല്ലോ എന്താണ് ലക്ഷ്യം പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമില്ല ഒരു സ്ഥാപനം തുടങ്ങുക ലക്ഷ്യമില്ല സഭ മാറ്റുക ലക്ഷ്യമില്ല പുതിയ സഭ തുടങ്ങുക എന്നുള്ള ലക്ഷ്യമില്ല പിന്നെന്ന ലക്ഷ്യം അതൊന്നേ ഉള്ളൂ ലക്ഷ്യം ഒന്ന് മാത്രം എന്താണത് കർത്താവായ യേശു രണ്ടാമത്തെ വരവിൽ ഇപ്പോൾ നാം പാടിയത് പോലെ മധ്യാവകാശത്തിങ്കലും മണവറയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നെത്താൻ കഴിയണം മതി വേറൊന്നും വേണ്ട ഒരു ദിവസം നമ്മൾ കടന്നു പോകും സംശയമില്ല അല്ലേ നമ്മളെല്ലാവരും കടന്നു പോകും ഞാനും അതെ നിങ്ങളും അതെ നമ്മളെല്ലാവരും പോകുന്നവരേ വഴിക്ക ഏതാ വാതില് ഒരു വാതില് ഏതാ വാതിൽ ഏതാ മരണം മരണമെന്ന ഒറ്റയ്ക്ക് ഒരു വാതിൽ കൂടി മാത്രമേ നമുക്ക് കടന്നു പറ്റൂ ആർക്കും മാനസാന്തരപ്പെട്ടവനും മാനസാന്തരപ്പെടാത്തവനുമെല്ലാം മരണമെന്ന ഒരു വാതിൽ കൂടി അന്ത്യനാളിൽ ഭർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ മരണമെന്ന വാതിൽ കൂടി കടന്നുപോകും അപ്പോൾ നമുക്ക് ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട് സ്നേഹിതരുണ്ട് സഹായികളുണ്ട് പലരുമുണ്ട് നമ്മുടെ പ്രയാസത്തിൽ കരയാനാളുകളുണ്ട് നമ്മുടെ വേദനയിൽ നെടുവിൽപ്പെടാൻ ആളുകളുണ്ട് നമ്മുടെ മനോഭാരത്തിൽ ദുഃഖിക്കാൻ ആളുകളുണ്ട് പക്ഷേ ആ സമയത്ത് ആർക്കൊന്നും ചെയ്യാനൊക്കില്ല ആർക്കും ഒന്നും ചെയ്യാൻ വയ്ക്കുകയില്ല എന്റെ ഭാര്യയ്ക്ക് എന്റെ അടുത്ത് നിന്ന് വേങ്ങലടിച്ച് കരയാം മക്കൾക്ക് വിതുമ്പി വിതുമ്പി കരയാം മനസ്സ് തീവ്രമായ ദുഃഖത്തിൽ ദൈവമക്കൾക്ക് ഏങ്ങലടിക്കാം ശരിയാണ് എന്തെല്ലാം ചെയ്യണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് പലരും അല്ലെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആ സമയത്ത് ഏറ്റവും കാര്യമായിരിക്കുന്ന ആ സമയത്ത് നമ്മെ താങ്ങാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ആരാണത് യേശുക്രിസ്തു യേശുക്രിസ്തു കൂടെ ം അപകടമാണ് മറ്റേ എന്തെല്ലാം ഉണ്ട് നമുക്ക് പ്രാർത്ഥനകളുണ്ട് നമസ്കാരങ്ങളുണ്ട് കൂട്ടായ്മകളുണ്ട് യോഗങ്ങളുണ്ട് പള്ളികളുണ്ട് എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് പക്ഷേ ഈ മരണമെന്ന വാതിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ ആരെല്ലാം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന യു മക്കളുണ്ടെങ്കിലും സഹായിക്കുന്ന യുവക്കളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് കടന്നു പോകുന്നത് ഏകനായി ഇനി ഈ ലോകത്തിലേക്ക് വന്നു ഏകനായി തന്നെ പോകുമേ സംശയമില്ല പോകും അന്ന് എന്റെ കൂടെ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ധന്യനാണ് അന്ന് ഞാൻ ഭാഗ്യവാനാണ് യേശുക്രിസ്തു കൂടെ വേണം ഇല്ലെങ്കിൽ എന്തെല്ലാം നേടിയെന്ന പ്രചാരം ഞാൻ ഒരുപാട് പ്രസംഗിച്ചു വലിയ കൂട്ടായ്മകൾ ഞാൻ പ്രസംഗിച്ചു ബയോ ക്ലാസ് എടുത്തു എന്താ പ്രയോജനം യേശുക്രിസ്തു എന്ന കൂടെ ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആ സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജെയിംസ് ബ്ലാക്ക് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് പിന്നെ വരാം ജെയിംസ് ബ്ലാക്ക് എന്ന് പറയുന്ന വളരെ നല്ല ഒരു സുവിശേഷൻ വളരെ പ്രസിദ്ധനായ സൺഡസ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച വേല സൺഡസ്കൂളിൽ അധ്യാപന വൃത്തിയാണെന്നാണ് അദ്ദേഹം ധരിച്ചത് നല്ലതാണ് ഓരോരുത്തർക്കും ചില വേലകൾ കർത്താവ് ഏൽപ്പിക്കുമല്ലോ ഓരോരുത്തർക്കും കർത്താവിന്റെ വേലയിൽ പല രംഗങ്ങളിൽ നിൽക്കാൻ സാധിക്കുമല്ലോ അദ്ദേഹം സൺഡസ്ക്രൂൾ അധ്യാപകനായിരുന്നു ഈ ജെയിംസ് ബ്ലാക്ക് അദ്ദേഹം ഒരു ദിവസം റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട ചെച്ച ചെറിയൊരു കുടില് ആ കുടിലിന്റെ വരാന്തിയിൽ ഒരു പെൺകുട്ടി മാത്രം വിടൽ ആരുമില്ലായിരിക്കുമോ ആർക്കറിയാം ആ പെൺകുട്ടി മാത്രം വളരെ ദുഃഖിതയായി ക്ഷീണിതയായി നമ്മളാനപതയായിരിക്കുന്നു അദ്ദേഹം ചോദിച്ചു മോളെ എന്നാ വിശേഷം ഓ ഒന്നുമില്ല മോളെ നിനക്ക് സൺഡേ സ്കൂളിലേക്ക് വരാമോ കിട്ടിയ അവസരം ഉപയോഗിച്ചു എന്താ ഒരാളെ കണ്ടു ദൈവത്തിന്റെ വചനം കേൾക്കാൻ വിളിക്കുകയാണ് അപ്പം നിങ്ങളും പലരും അനേകരെ വിളിച്ചവരില്ലേ കഷ്ടപ്പെട്ട് ഓടി നടന്ന് വീട് തോറും കയറി ഇറങ്ങി അനേകരെ വിളിച്ചില്ലേ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു ഈ പെൺകുട്ടി ഈ വരുന്നത് സന്തോഷമാണ് പക്ഷേ ഇത്രേ പറഞ്ഞോളൂ പക്ഷേ എന്താ പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി അവളുടെ വസ്ത്രം മുഴുവൻ പിഞ്ഞി കീറിയതാണ് പാവപ്പെട്ടവളാണ് ഒരു നല്ല ഉടുപ്പില്ല തന്നെയല്ല അവിടെ ആ നാട്ടിലെ രീതി അനുസരിച്ചൊരു തൊപ്പി വേണം ഷൂസ് വേണം അല്ലാതെ പുറത്തിറങ്ങാനൊക്കെ ഇല്ല നല്ല മഞ്ഞുണ്ട് റോഡിൽ മഞ്ഞുകെട്ടകളും കിടക്കും അപ്പൊ ഷൂസ് കൂടിയേ പറ്റൂ തൊപ്പിയും വേണം ഇതൊക്കെ ഓർത്ത് അവള് അല്പം പ്ലാനോ അത് ഞാനിരുന്നത് ഉടൻ അദ്ദേഹം പറഞ്ഞു മോളേ നീ വിഷമിക്കണ്ട നിനക്ക് ഞാൻ ഉടുപ്പ് കൊണ്ട് തരാം നിനക്ക് ഷൂസും തരാം നിനക്ക് ഞാൻ തലയിൽ വെക്കാൻ തൊപ്പിയും തരാം ആ ഇന്ന ഞാൻ വരാം എനിക്ക് സന്തോഷമാണ് അവൾക്ക് അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തു അടുത്ത ദിവസം നിന്ന് വാങ്ങിച്ചു കൊടുത്തു ഇവൾ വന്നു ഇവിടെ സൺഡേ സ്കൂളില് അപ്പോൾ സൺഡേ സ്കൂളിൽ ഖാദിർ പുസ്തകത്തിലെ പേരൊക്കെ എഴുതി അവളെ ഖാദിർ വിളിക്കുമ്പോൾ അവളുടെ പേരും വിളിക്കും നല്ലത് അങ്ങനെ ഏതാണ്ട് അഞ്ചാറ് മാസങ്ങൾ മുന്നോട്ട് പോയി മിടുക്കിയായിട്ട് പഠിക്കുക നല്ലപോലെ പഠിക്കുന്നു നല്ല പ്രാർത്ഥന എല്ലാം ഉണ്ട് പക്ഷേ ഒരു ദിവസം പേര് വിളിച്ചപ്പോൾ ഇവളുടെ പേര് ഹാതിരി വിളിച്ചപ്പോൾ മിണ്ടുന്നില്ല ഏ നോക്കി ഇല്ല വന്നിട്ടില്ല അയ്യോ എന്തു പറ്റി അദ്ദേഹം അന്വേഷിച്ചു എന്താ ഈ കൊച്ചു വരാത്തത് അന്വേഷിച്ചപ്പോൾ മനസിലായി ഇവൾ രോഗിയായി കിടക്കുകയാണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി മാരകമായ രോഗമാണ് അപ്പൊ അദ്ദേഹം ഓർത്തു എന്റെ ദൈവമേ അവളെപ്പോ ഇനി ഒരിക്കലും സ്കൂളിൽ സൺ സ്കൂളിൽ വരാതിരിക്കുവായിരിക്കോ രോഗം മാറൂലായിരിക്കോ അപ്പോൾ ഇനി ഹാജിരി വിളിക്കുമ്പോൾ ഒരിക്കലും അവളുടെ പേര് വിളിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാനോ പറയാനോ അവൾ ഇല്ലാതെ വരുമോ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ വളരെ മാരകമായ രോഗമാണെന്ന് മനസ്സിലായി ക്രമേണ മനസ്സിലാക്കി അവൾ മരിച്ചുപോയി കൊച്ചു പെൺകുട്ടി തീവ്രമായ ദുഃഖം അദ്ദേഹം ഓർത്തു ഹാജിരി വിളിക്കുമ്പോൾ പേരില്ല പക്ഷേ നിത്യതയിൽ പേര് കാണുവോ നിത്യതയിൽ പേര് വിളിക്കുമ്പോൾ കാണുവോ ഇവിടെ സൺഡസ്കൂളിൽ ഹാജി വിളിച്ചപ്പോൾ കണ്ടില്ല ശരി നിത്യതയിൽ അവടെ പേരുവിളിക്കുമ്പോൾ കാണുമോ അല്ല ഞാൻ അവളുടെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ ഈ പറയുന്ന ഞാനും അവടെ പേരുവിളിക്കുമ്പോൾ ഞാനും കാണുമോ ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ ചിന്തിച്ചിന് ഇപ്പോൾ പയ്യേ എങ്കിലടിക്കാൻ തുടങ്ങി കർത്താവെ എന്റെ പേരോടെ കാണണമേ ആ മോളുടെ പേരവിടെ കാണണമേ അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടി ധൈര്യം കിട്ടി കർത്താവെ ഞാൻ നിനക്കായി ജീവിതം സമർപ്പിച്ചതല്ലേ നിനക്കാ എന്റെ ജീവിതം തന്നതല്ലേ കർത്താവേ ഞാന് സമാധാനത്തോടെ നിന്നോടൊരു വാക്ക് പറയട്ടെ എന്റെ പേരുളിക്കുമ്പോൾ കാണും എൻ പേരും ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണ് ആ പാട്ട് അത് എഴുതിയത് കർത്തൃകാഹളം നിത്യമാ രക്ഷ per kuliya gaasi per vilikken neram kaanumen perum per vilikken neram kaanum per vilikken neram kaanum per vilikken neram kaanum per vilikken neram kaanumen kaanu perum ിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തു തൻ ഭക്തർ ഭാവന ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർവിളിക്കുന്നേരം കാണുമെൻ പേരും പേർവിളിക്കുന്നേരം കാണും പേർവിൽ കാർത്തൻ പേർക്കൊരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിലെന്റെ വേലത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻപേരും സ്ത്രോത്രം അന്ന് കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ മധ്യാവശത്തിലേക്ക് ഞാനും പറഞ്ഞു ചെല്ലും എന്നെ പേരുവിളിക്കുമ്പോൾ ഞാനും അവിടെ കാണും ഹലൂയ ദൈവത്തിന് സ്തോത്രം നമ്മൾ അതിനുവേണ്ടിയാണ് കൂടുന്നത് വേറൊരു ലക്ഷ്യമില്ല നമുക്ക് ഉണ്ടോ വേറെ എന്നാ ലക്ഷ്യം വേറെ എന്നാ നമുക്ക് ലക്ഷ്യം ഒരു സഭയ്ക്ക് നാം എതിരല്ല ഒരു സമുദായത്തിനെതിരല്ല ഒരു മതത്തിനെതിരല്ല എല്ലാവരെയും നാം ആദരിക്കുന്നു നമ്മുടെ അഭിപ്രായത്തോട് ചേരാത്തവരെ പോലും നാം ആദരിക്കുന്നു മാനിക്കുന്നു അവരെയും നാം വളരെ ബഹുമാനത്തോടെ കാണുന്നു ആരോടും അകൽച്ചയില്ല എന്തിനാ ഇതൊരു ദിവസം അങ്ങ് പോകേണ്ടതല്ലേ ഒരു ദിവസം എല്ലാം ഇട്ടിട്ടങ്ങ് പോവില്ലേ എല്ലാം ഇട്ടിട്ടങ്ങ് പറക്കില്ലേ അതിന്റെ പ്രായത്തിൽ നിന്നില്ല ആദ്യം വന്നവൻ ചിലപ്പോൾ അവസരമായിരിക്കും പോകുന്നത് വൈകി വന്നവൻ ചിലപ്പോൾ ആദ്യമായിരിക്കും പോകുന്നത് ഏതു പ്രായത്തിലും വരാം ഈ മരണമെന്ന ആ ഒരേ ഒരു വാതിൽ കൂടി പോകുന്നതായ ആ കാര്യം അതെപ്പോഴാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്നത് ആർക്കറിയാം ഞാൻ വിശദീകരിക്കാനല്ല ഒരു കാര്യം നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്താനാണ് ഗൌരവമേറിയ പരിഗണനയ്ക്കായി പറയുകയാണ് എന്താണത് കർത്താവെ എന്തെല്ലാം നേടിയാലും ഒന്നും നേടിയില്ലെങ്കിലും എനിക്കൊരു കാര്യം വേണം ഒറ്റയ്ക്ക് ഒരു കാര്യം വേണം നിന്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറക്കുമ്പോൾ പരിശുദ്ധന്മാരുടെ നിരയിൽ എന്നെയും ചേർക്കണമേ നമ്മുടെ പിതാക്കന്മാരെങ്ങനെയൊക്കെ പാടാൻ നമ്മൾ പഠിപ്പിച്ചു നമ്മൾ പാടും ചൊല്ലും പക്ഷെ അർത്ഥമറിഞ്ഞുകൊണ്ടല്ല ആശ്വാസോസ്മൃതിയോട് കീടണമേ താവൂ പരിശുദ്ധന്മാരുടെ നിരയും സിംവാസന സംസ്ഥിതനായി നീ സത്തേ തിരയും നേരം വിധിനിലയേ കണ്ടി പാവകമഹിമോദയ ദിവസേ നിന്മലമായവർ നിൽക്കണമേ സ്തോത്രം ഭർത്താവേ നിന്റെ മഹിമോദയ ദിവസത്തിൽ നിന്റെ മഹത്വം ഉദിക്കുന്നാൾ കർത്താവേ നിന്റെ വലഭാഗത്ത് ഞങ്ങളുടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ ചേർക്കണമേ ഞാനും ആ കൂട്ടത്തിൽ പെടുവാൻ എന്നെയും വിശുദ്ധനാക്കി തീർക്കണമേ നിർത്തണമേ താവകപൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ ദൈവത്തിന് സ്തോത്രം കർത്താവേ പരിശുദ്ധന്മാരുടെ നിരയിൽ നിന്റെ ആരാധകരായ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും ചേർക്കണമേ എന്തൊരു ഹൃദയം തകർന്ന വരെ പറയട്ടെ നാം പാടും ബസ് നൽകോ ഗീതത്തിൽ പാടും ശിവയോട് ശുദ്ധിയ ബെസ്കുദിശ സ്പർശിച്ചോരി പാദങ്ങൾ പുക്ക് ഉദ്യാനദ്വാരങ്ങൾ വാനപുരത്ത് വസിക്കണം റിയലൈസർ എന്താണ് നമ്മൾ പാടുന്നത് എന്താണെന്റെ അർത്ഥം കർത്താവേ നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നതായി പാദങ്ങൾ സ്വർഗീയോദ്യാനത്തിന്റെ വാതുക്കൽ ൽ പുിച്ച്ക്ക് ഉദ്യാനദ്വാരങ്ങൾ സ്വർഗീയ ഉദ്യാനത്തിന്റെ സ്വർഗീയപ്രതീസായുടെ വാതുക്കൽ പ്രവേശിച്ച് ആനപുരത്ത് വസിക്കാറാകണമേ ഇവിടെ ഭൂമിയിൽ പരിശുദ്ധ സ്ഥലത്ത് നിന്നു മഹുത്വമുള്ള ത്രോണോസിൽ പരിശുദ്ധമായ തേവിരി നിന്നു ശരിയാണ് ശുചിയോട് ശുദ്ധിയാ ബെസ്കുദിശ സ്പർശിച്ചോരി പാദങ്ങൾ പൂക്ക് ഉദ്യാനദ്വാരങ്ങൾ വാനവരത്ത് വസിക്കണം സ്തോത്രം ഫ്രീഫരെ എന്റെ കർത്താവേ പിതാക്കന്മാർ പ്രാർത്ഥിക്കും ഈ പാദങ്ങൾ അഗ്നി നിരഹത്തിൽ കത്തിയഴുകാൻ നീ സമ്മതിക്കരുതേ വിട്ടുകളയരുതേ നിന്റെ വചനം പറഞ്ഞ ഈ നാവുകൾ അഗ്നിരോഗത്തിൽ എന്തെഴുകാൻ നീ വിട്ടുകളയരുതേ ദൈവത്തിന് സ്തോത്രം നാൻ ആ ദേശങ്ങൾ അന്ന എന്റെ ബഹുമാന്യ ഇന്നത്തെ ക്ലാസിന്റെ ആരംഭമായി എനിക്കിതേ പറയാനുള്ളൂ ഒരേ ഒരു ലക്ഷ്യം മാത്രം നിത്യജീവൻ അവിടെ തീർന്നുമെല്ലാം നിത്യസ്വർഗം നിത്യശാന്തി നിത്യസമാധാനം നിത്യസ്വർഗീയ സന്തോഷം വേറെ ലക്ഷ്യമില്ല പ്രിയരെ എന്തു ലക്ഷ്യം ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ ആരോ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഞാനവിടെ പറയില്ലിരുന്നൊരു കേൾക്കുകയായിരുന്നു എന്താ നിനക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നല്ലത് അവിടെ നിൽക്കട്ടെ വേറെ ഓരോ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മനോഹരമായ സാക്ഷ്യം ശിംശോൻ ജോബിയാണ് ശിംശോൻ വലിയ മലനായിരുന്നു വീരനായിരുന്നു പക്ഷേ തകർന്നില്ലേ തകർന്നില്ലേ അന്ത്യനാളുകൾ ദലീലായുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയില്ലേ വേശാസ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയില്ലേ കഷ്ടമായി പോയി ഇത് നമുക്ക് ചൂണ്ടുകലകയാണ് എന്ത് എന്താ ചൂണ്ടുവലക എന്നിലും ശക്തന്മാർ എന്നിലും ഭക്തന്മാർ വീണു തകർന്നീ വഴിയോരത്ത് ആ പാട്ട് പഠിക്കേ എന്നിലും ഭാഗ എന്നും വീണു തകർന്നീ പോർക്കളത്തി എന്നിലും ഭാഗ എന്നിലും വീണു തകർന്നീ പോർക്കളത്തി நன்னோ ஞானஸ்தி கூடங்கள் வீகரும் வீரபூமங்கள் இல் வீடவரி காணுனோ ஞானஸ்தி கூடங்கள் வீகரும் வீரபூமங்கள் இல் வீடவரி யாகே ഞങ്ങളെ പണ്ട് ഈ ആത്മീയം പഠിപ്പിച്ച ഞങ്ങൾ പപ്പായെന്ന് വിളിച്ച് ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന ആ പരിശുദ്ധ പിതാവ് ഞങ്ങൾ പറയാറുണ്ട് ഏത് സമയത്തും വീഴ്ച വരാം സൂക്ഷിച്ചു കൊള്ളണം കരുതിലോട് കൊള്ളണം കരുതലോട് ഇരുന്ന് കൊള്ളണം ഞങ്ങളെ കർശനമായി ശാസിക്കാറുണ്ട് ചിലപ്പോൾ കർക്കശമായി പറയാറുണ്ട് ഏത് സമയത്തും വീഴ്ച വരാം അറിയില്ല ഞാൻ ശരിയായിട്ടാ പോകുന്ന തോന്നും വളരെ സൂക്ഷിക്കണം ഇന്ന് ഷൈജ സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ കൌതുകത്തോടെ കേട്ടുകൊണ്ടിരുന്നു മിഷണറി എൽദോസിന്റെ ഭാര്യ ഷൈജ പറഞ്ഞപ്പോൾ ദൈവത്തിന് ശൈജ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് മാനസംബട്ടവളല്ല എനിക്കതിയായ സന്തോഷം നമ്മുടെ കൂട്ടായ്മയിൽ വന്നാലേ മാനസന്ധപ്പെടാവുന്നൊന്നുമില്ല നമ്മുടെ കൂട്ടായ്മയിൽ വന്നാലും ചെയ്യാവുന്നില്ല യേശു വഴി അറിയാൻ എവിടെ ഏതെല്ലാം എങ്ങനെയൊക്കെയാണെന്ന് ആർക്കറിയാം ദൈവത്തിന്റെ വഴി ആർക്കറിയാം ഷൈജ പറഞ്ഞില്ലേ ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവെ അനന്യാസിന് സഫീറയ്ക്കുമെന്നതായ അപകടം ഞങ്ങൾക്ക് വരരുതേ ഓ എന്റെ കർത്താവേ ദൈവത്തിന് സ്തോത്രം ഞാനിവിടെ ഇരുന്നോണ്ട് ചിന്തിച്ചു കർത്താവേ എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടോ എന്റെ ദൈവത്തിന് സ്തോത്രം ഈ പാവപ്പെട്ടവൻ ചിന്തിച്ചു പോയി കർത്താവേ ഞാനിവിടെ പിറയിലിരുന്നോട് വിരുമ്പി ഞാൻ ഏങ്ങലടിച്ചു കർത്താവേ ഇനിയും ജീവിതത്തിലുള്ള കറകളും മാറാനുണ്ടോ വലുതൊക്കെ ഈ പറിച്ച് കളയാനുണ്ടോ കർത്താവേ എന്റെ ദൈവത്തിന്റെ സ്തോത്രം എന്റെ സ്നേഹിതരെ നിത്യജീവൻ നഷ്ടപ്പെടുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ നിത്യജീവൻ നഷ്ടപ്പെടുന്നത് അണുപോലും വരാസൂക്ഷിച്ചുകൊള്ളുക വന്നെങ്കിൽ സ്തോത്രം വീണവരെഴുന്നേൽപ്പിക്കുന്ന കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ വന്നിട്ടുണ്ട് ആരും ഭയപ്പെടണ്ട ആരും നിരാശപ്പെടണ്ട വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു ഓ നിലംപരിയായി പോയവരെ പോലും എഴുന്നേൽപ്പിക്കുന്നവൻ എന്തിനെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ നമ്മുടെ പുതിയ പുസ്തകം മലയാളം നിന്റെ മൃതന്മാർ ജീവിക്കുമെന്നാണ് മരിച്ചവർ ഉയർക്കുമെന്ന് നിന്റെ മൃതന്മാർ ജീവിക്കുമേ ശിയ പ്രവചനം ഇരുപത്തിയാറാം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്കി മാറ്റമാണ് നിന്റെ മൃതന്മാർ ജീവിക്കും ദൃശ്യ വായിച്ചു പോയപ്പോൾ പെട്ടെന്ന് ആ വാക്യം കണ്ടപ്പോഴേ പെട്ടെന്ന് മനസ്സിൽ തങ്ങി അപ്പത് ചിന്താവിഷിയാക്കാൻ നല്ലതെന്ന് തോന്നി മൃതന്മാർ ജീവിക്കും മരിച്ചു കിടക്കുകയാണോ നിങ്ങൾ ആത്മാവിൽ മരിച്ചു കിടക്കുകയാണോ ആദാം ആത്മാവിൽ മരിച്ചു പാപം ചെയ്തപ്പോൾ പക്ഷെ ശരീരം ജീവനോടുകൂടിയിരുന്നു പിന്നെയും തൊള്ളായിരത്തി മുപ്പത് വർഷം അല്ലേ തൊള്ളായിരത്തി മുപ്പത് വർഷം പിന്നെയും ആദാം ജീവിച്ചിരുന്നില്ലേ അല്ലേ അപ്പോൾ ആത്മാവ് മരിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കുക ഇവിടെ ഈ പകർക്കാലം കൂടി വന്നിരിക്കുന്ന നിങ്ങൾ അനേകം പേരുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ് കേട്ടോ അനേകം പേരുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ് ശരീരം ജീവനോടുകൂടിയുണ്ട് ബുദ്ധിയുണ്ട് ഡിഗ്രിയുണ്ട് പരീക്ഷയുണ്ട് ജോലിയുണ്ട് പഠിത്തമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് നല്ല പേരും പെരുമയും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആത്മാവ് അത് മരിച്ചിരിക്കുകയാണ് ഹൃദയത്തിലെ പാവങ്ങൾ മാറിയിട്ടില്ല പുറമെ മദ്യപാനം വിട്ടു ശരി തോമസം പറഞ്ഞതുപോലെ മദ്യപാനം വിടുന്ന നല്ലൊരു ഭാഗ്യമല്ലേ ഭാഗ്യമാണ് ശരി പക്ഷേ ഹൃദയത്തിലെ അസൂയ വിട്ടോ ഹൃദയത്തിലെ ദിവ്യാഗ്രഹം വിട്ടോ ഹൃദയത്തിലെ സ്വാർത്ഥത വിട്ടോ ഹൃദയത്തിലെ കയ്പ് നീരസവും വിട്ടോ ഇല്ല ഭർത്താവേ ഇല്ല മകനെ നീയെ വളരെ കരുതലോടിരിക്കേണ്ടതാണ് ആത്മാവ് മരിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നീ ഓർത്തുകൊള്ള എന്റെ കർത്താവെ എന്നെ ജീവിപ്പിക്കാതെ പറഞ്ഞു വിടല്ലേ ജീവൻ തരുന്നവൻ ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട് കർത്താവെ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന ഈ സമയത്ത് എന്റെ കർത്താവെ ജീവൻ തരാ നീ എന്റെ അരികത്തേക്ക് വരികയാണ് കർത്താവെ എന്നെ നീ തൊടണം വായു യാറോസിന്റെ കയ്യിൽ പിടിച്ച് മരിച്ചു കിടന്ന് ശവശരീരത്തിന്റെ കയ്യിൽ പിടിച്ച് വാലയെ എഴുന്നേൽക്കായെന്ന് പറഞ്ഞ അതേ സ്വരം തന്നെ എന്നെ കേൾപ്പിക്കണം കർത്താവെ വിധവയുടെ ആ ശവമഞ്ചത്തിൽ തൊട്ട് അവരെ എഴുന്നേൽപ്പിച്ച ശവസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ വഴി ഓരത്ത് വെച്ച് അവന്റെ ശവമഞ്ചത്തിൽ തൊട്ട് എഴുന്നേൽപ്പിച്ച ആ കരവെന്നെ തൊടണം എന്റെ കർത്താവെ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് നെടുവ് ഏർപ്പെട്ടുകൊണ്ട് ഉള്ള ഞരങ്ങിക്കൊണ്ട് ലാസറയെ പുറത്തു വരികയെന്ന് വിളിച്ച ആ സ്വരം ഇന്ന് എന്നെ വിളിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവത്തിന്റെ സ്തോത്രം ഈ പ്രാവശ്യത്തെ ബൈബിൾ ക്ലാസിന്റെ വിഷയം വളരെ ലളിതമാണ് വളരെ സുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതാണ് ഗ്രഹിക്കാൻ പ്രയാസമില്ലാത്തതാണ് യോഹന്നാൻ സ്നാവകനെ ഒരു സ്റ്റഡി ഒരു പഠനമാണ് യോഹന്നാൻ സ്നാവകൻ എന്തുകൊണ്ടാണ് അത് എന്റെ ഹൃദയത്തേക്ക് വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാന് വേറൊരു വിഷയമാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറെ നാളുകളായിട്ട് രണ്ടു മൂന്നാഴ്ചയായിട്ട് എന്റെ മനസ്സിൽ തുടരെ തുടരെ ഈ ചിന്ത വരുന്നു അപ്പോൾ അതിന് പറ്റിയ പുസ്തകങ്ങൾ വലുതുമുണ്ടോ യോഹനാസ് നാമനെ കുറിച്ച് കാര്യമായിട്ട് ആരും എഴുതിയിട്ടില്ല പുസ്തകങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു സ്റ്റഡി നടത്താൻ തക്കവണ്ണം ഉള്ള വിഭവങ്ങൾ കിട്ടുന്നില്ല ഞാൻ സാധാരണ ബൈബിൾ സ്റ്റഡിക്ക് ഉപയോഗിക്കുന്ന ഒരു വലിയ പുസ്തകമുണ്ട് വാർ എം വീഴ്സ് ബിയുടെ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളെ കുറിച്ചുള്ളൊരു പഠനം നല്ലതാണ് വളരെ നല്ല പുസ്തകമാണ് വാർ എം വ്യൂസ് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു നല്ലതാണ് ആ പുസ്തകമാണ് ഞാൻ സാധാരണ വായിക്കാറുള്ളത് അപ്പൊ അന്നേരം എനിക്ക് കുറേയേറെ ആശയങ്ങൾ അതിൽ നിന്ന് കിട്ടും പക്ഷെ യോഹനസ്നാവിനെ കുറിച്ച് നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല ഒന്നുമില്ല അതിനകത്ത് കാരണം എനിക്ക് തോന്നുന്നു യോഹന്ന സ്താവനെക്കുറിച്ച് അത്ര വരുത്തൊന്നും ആരും അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷേ എന്റെ കർത്താവിന്റെ കൃപയാൽ ഞാന് ചിന്തിച്ചു എന്താണ് വേറൊന്നും വായിച്ച് പഠിക്കാൻ പറ്റില്ല പക്ഷേ എന്റെ കർത്താവ് നീ എനിക്ക് എന്തെങ്കിലും തരുമോ എനിക്ക് എന്നോട് സംസാരിക്കാൻ നീ എന്തെങ്കിലും തരുമോ എനിക്ക് എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്തെങ്കിലും തരുമോ ആ ജീവിതത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട തമ്പി എനിക്കൊരു പുസ്തകം കൊണ്ട് തന്നു ഒരു ചെറിയ പുസ്തകം തമ്പി കൊണ്ടു വന്നു പുസ്തകം ഞാൻ നോക്കി അതൊരു നല്ല മനോഹരമായ കാവ്യഗ്രന്ഥം വായിച്ചു പോകാം കവിത മോലോ വായിച്ചു പോകാം പക്ഷേ സ്റ്റഡി കിട്ടുന്നില്ല സ്റ്റഡിന്ന് പറഞ്ഞാൽ പഠനം പഠനം കിട്ടുന്നില്ല പഠിക്കാനുള്ള വിഭവങ്ങൾ വേണ്ടത്ര ഇല്ല ജയിക്കാം അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ യോഗത്തിന് പോവാതെയൊക്കെ ഞാൻ വീട്ടിലിരുന്ന് അത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുകയായിരുന്നു ഒന്നും പഠിച്ചു എന്ന് തോന്നിയിട്ടില്ല കേട്ടോ വെറുതെ പറയുന്നല്ല ഭംഗികൾക്ക് പറയാലോ ഒന്നും പഠിച്ചുവെന്നോ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാത്തക്കവണ്ണം ഞാൻ വെല്ലുവി്ഡായി എന്നോ എന്ന് ഞാൻ സസജ്ജനായി എന്നോ പറയാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ഞാൻ കർത്താവെ എന്നെ നീ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത്രയും പറയാം യേശുവെ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളോട് പറയട്ടെ ഞാൻ ചിലതൊക്കെ കുറിച്ചുണ്ടത് ഇല്ലെന്നല്ല പക്ഷെ ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇത് ഞാനും കൂടി പഠിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാ മതി അല്ലാതെ ഞാൻ ഏതാണ്ട് പഠിച്ചൊരു അധ്യാപകനായിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത് ദൈവത്തിന്റെ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം കർത്താവിന്റെ കരം വരട്ടെ യോഹന്നാഥസ് നാവിനെ കുറിച്ച് നമുക്ക് ഒരു വാക്യം ആധാരമായിട്ട് വായിക്കാം ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ സ്വന്തം അപ്പൻ മോനുണ്ടായപ്പോൾ മോനെക്കുറിച്ച് പറഞ്ഞതാണ് പ്രവാചകൻ ഒരപ്പൻ സാധാരണ അപ്പനല്ല വളരെ ശ്രേഷ്ഠനായ പുരോഹിതനാണ് അപ്പൻ മോൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മോനെ കരത്തിലേന്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞതാണത് ഇടതെ ഇല്ലാതെ സ്തുതി വരികയാണേ കാരണം സ്തുതിക്കാൻ വിഭവ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പത്തു മാസമായി മിണ്ടിയിട്ടില്ല ഈ അപ്പൻ പത്തു മാസമായി മിണ്ടിയിട്ടില്ല അതെന്താ ദൈവം ചെല്ലരോട് കോപിക്കുമ്പോൾ ആ കോപം പോലും സ്നേഹമാണ് അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ചെല്ലരോട് കോപിക്കുമ്പോൾ കോപം പോലും സ്നേഹമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവം സഹരിയാപുരോട് കോപിച്ചു അതെന്താ ദൈവത്തിന്റെ ദൂതനതയും അയച്ചു ദൈവത്തിന്റെ ദൂതനെ അയച്ചു ദൈവത്തിന്റെ മാലാഖയെ ഗബ്രിയേൽ മാലാഖയെ അയച്ചു അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് ദേവാലയത്തിൽ ധൂവം അണച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിലേകത്തിനായി നല്ല ശ്രദ്ധയോടെ ധൂവണച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് തെരശീലയ്ക്ക് അപ്പുറത്ത് ബഹുജനങ്ങൾ നിൽക്കുന്നുണ്ട് ഈ മഹാപുരോഹിതൻ അദ്ദേഹം അത് വളരെ ഭക്തിയോടും നൈർമല്യത്തോടും വിശുദ്ധിയോടും കൂടെ ആ പരിശുദ്ധമായി ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് തന്റെ വശത്ത് ആരോ നിൽക്കുന്നു പോലെ തോന്നിയത് അതാരായിരിക്കാം ിയപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചു എന്ന വല്ല ദുരാത്മാക്കൾ വന്ന് എന്നെ വഞ്ചിക്കാൻ വരികയാണോ ആരാധനാ സമയത്ത് എന്താ എന്താണിത് പക്ഷെ നോക്കിയപ്പോൾ തേജോമയനായ മാലാഖയാണ് ഉടനെ മാലാഖ പറഞ്ഞു ഞാൻ ദൈവസനില് നിൽക്കുന്ന ഗബ്രിയേലാകുന്നു തന്നെ തന്നെ പരിചയപ്പെടുത്തി ദൈവസനില് നിൽക്കുന്ന ഗബ്രിയാൽ ഇപ്പോൾ നിന്റെ അരിത്തു നിൽക്കുകയാണെന്ന് എന്തൊരു ഭാഗ്യം എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ ദൈവസന്നിധി ഗബ്രിയാകുന്നു ദൈവസനില്ക്കുന്ന ഗബ്രിയലാകുന്നു ഞാൻ ആ വാക്യം ഒന്നാം അധ്യായത്തിലുണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സദ്വാർത്താനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു ദൈവദിന സ്തോത്രം നിനക്ക് നിനക്ക് ഒരു മകനുണ്ടാകും ഘട്ടാൽ വിശ്വസിക്കാവുന്ന കാര്യമല്ല കാരണം വാർധ്യമായി സഹരിയാവിനും വാർധിക്കുമായി എലിസബത്തിനും വാർധിക്കുമായി നാം തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ കാണുന്നത് അവൾ മച്ചിയായിരുന്നാണ് നല്ല ദൈവഭക്തിയുള്ളവര് നല്ല വിശ്വാസമുള്ളവര് നല്ല ദൈവാശ്രയമുള്ളവര് വളരെ ആത്മീയ തീഷ്ണതയുള്ളവര് പക്ഷേ ഭാര്യ മച്ചിയായിരുന്നു ആ വാക്കവിടെ കാണുന്നത് വായിച്ച് ഏഴാം വാക്യം എലിസബത്ത് മച്ചയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലഞ്ഞു ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു സന്തതി ഇല്ലാതിരുന്നു സന്തതി ഇല്ലഞ്ഞു രണ്ടുപേരും വയസ്സ് എന്നവരുമായി പോയി ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല ഞാൻ സാധാരണ പറയാറുള്ളൊരു വാക്കില്ലേ ചാപ്റ്റർ ക്ലോസ്ഡ് ആ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇനി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട പ്രാർത്ഥനയൊക്കെ നിർത്തി പ്രിയപ്പെട്ടവര് ഞാൻ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ അത് പറയാതെങ്ങനെ മുന്നോട്ട് പോകും പ്രാർത്ഥന നിർത്തി ഒരാരെങ്കിലും ഉണ്ടോ ചില വിഷയങ്ങൾക്ക് ചില വിഷയങ്ങൾക്ക് ഇനി ആശയ്ക്ക് വകയില്ല തീർന്നു അക്കാര്യം ഇനി നോക്കണ്ട അതിന്റെ പ്രതീക്ഷയെല്ലാം പോയി ഓ ഇനി ഇനി എന്റെ ജീവിതത്തിൽ അത് നടക്കില്ല അങ്ങനെ എല്ലാം എല്ലാം എടുത്ത് വെച്ച് കെട്ടി പൊതിഞ്ഞുകെട്ടിവച്ച് ആശകളെല്ലാം എല്ലാം മുഴുവനായി ദുരുമിച്ച് സകല ആശകളും മുഴുവൻ കരിഞ്ഞുണങ്ങി മോഹന സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി നല്ല കകാലെനിക്ക് വരാനുണ്ടോ എന്റെ ഈ കടം തീരാനുണ്ടോ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമോ എനിക്കൊരു വിവാഹം നടക്കുമോ ഞാൻ എഴുന്നേറ്റ് നടക്കുമോഹിയ എന്റെ പ്രിയപ്പെട്ടവര് എന്റെ ഈ രോഗം മാറുമോ എനിക്കീ പരീക്ഷ പാസാകാൻ ഒക്കുമോ ആശ നഷ്ടപ്പെട്ടവരുണ്ട് സ്ത്രോത്രം എലിസമത്തിന് ആശ നഷ്ടപ്പെട്ടു സഹരിയാവനും അങ്ങനെ തന്നെ കാരണം അവര് ആദ്യം യൌവനം പോലെ വലിയ പ്രതീക്ഷയോടെക്കെ ആയിരുന്നു പക്ഷേ മച്ചിയായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കിട്ടിയില്ല ഇപ്പൊ വാർദ്ധിക്കുകയും ചെയ്തു വയസ് ചെയ്യുന്നവരായി പക്ഷേ ദൈവത്തിന്റെ മാലാഘമെന്ന് പറഞ്ഞു നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും പതിമൂന്നാം വാക്യത്തിലാണ് ഒന്ന് യുലൂക്കോസ് ഒന്നിന്റെ വയസ്സായി ദൂതനവനോട് പറഞ്ഞത് സഖരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവിനിയോഹന പേരിടയണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും നിനക്ക് സന്തോഷമുണ്ടാകും ഉല്ലാസം ഉണ്ടാകും മകനുണ്ടാകും മകന്റെ പേര് തന്നിരിക്കുന്നു ഓരോ നിനക്ക് സന്തോഷമുണ്ടാകും നിനക്ക് ഉല്ലാസം ഉണ്ടാകും അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും സ്ത്രോത്രം നിനക്ക് സന്തോഷം ഉണ്ടാകും മാത്രമല്ല നിനക്ക് ഉല്ലാസം ഉണ്ടാകും പലരും അതുപോലെ സന്തോഷിക്കാനിടയാകും പിന്നെ അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കയില്ല അവനെ നാസിർവ്രതസ്ഥനായി വളർത്തണം വീഞ്ഞും മദ്യവും കുടിക്കയില്ല പിറന്നതിനു ശേഷം പിന്നെയാണ് വളർത്തേണ്ട വിരുദ്ധം പറഞ്ഞു കൊടുക്കുക അവനെ മുന്തിരിച്ചാർ അവനെ മറ്റുള്ളവരെ വളർത്തരുത് അവനെ പ്രത്യേകം നല്ല വളർത്തണം വളരെ നിഷ്ഠയിൽ വളർത്തണം കാരണവൻ വലിയവനാകും അവനെ പ്രതിഷ്ഠയോടെ വ്രതത്തോടെ വളർത്തണം ദൈവത്തിന് സ്തോത്രം അപ്പൊ മീഞ്ഞ് മദ്യവും കുടിക്കേയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നറയും എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഗർഭസ്ഥ ശിശു ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ആ ഗർഭസ്ഥ ശിശു പരിശുദ്ധാത്മാവിൽ നിന്നറയും ഇതെന്താ അതിശയം എന്തൊക്കെ വാഗ്ദാനങ്ങളായി കിട്ടുന്നത് ദൈവത്തിന് സ്തോത്രം അത് വളരെ മനോഹരമാണ് ദൈവത്തിന് സ്തോത്രം ഈ എന്താണ് അവൻ പരിശുദ്ധാത്മാവ് എന്നറിയും പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർട്ടാവിലേക്ക് തിരിച്ചു വരുത്തും സ്തോത്രം അവന്റെ പേരെന്നാണെന്നറിയാമോ ദൈവത്തെങ്കിലേക്ക് അനേകരെ തിരികെ കൊണ്ടുവരിക ദൈവത്തെങ്കിൽ ഉണ്ടായിരുന്നവർ പലരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുക അതാണ് അവന്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നവർ ചില ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയി അവരെ തിരിച്ചു വരുത്തുക വലിയ വേലിയാണ് അവനെ ഞാൻ അവനിൽ ഞാൻ കാണുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ ആശയോടെ അനേകരെ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നുപോയ അനേകരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവരുത്താനുള്ള മഹത്തായ ഉദ്യമമാണ് ദൈവം നിങ്ങളിൽ ആശ്രിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം നേടാം എല്ലാം നേടി ശരി പക്ഷേ നിലനിൽക്കുന്നെന്തുണ്ട് ശവക്കുഴിക്ക് അപ്പുറം നിലനിൽക്കാൻ എന്തുണ്ട് നേടിയത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുണ്ട് നിങ്ങൾ പലതും നേടിയില്ലേ നേടി ഇല്ലേ കല്യാണം കഴിച്ചു മക്കളുണ്ടായി അല്ലെങ്കിൽ ജോലി കിട്ടി നിങ്ങൾ ജോലിയിൽ വളർന്നു പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായി നല്ല വീടുണ്ടായി അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടി അല്ലെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ കിട്ടി പിള്ളേരുന്നോട് പഠിക്കുന്നു ഓക്കേ നല്ലത് ശരിയാണ് പക്ഷേ നിന്റെ മരണത്തിന് ശേഷം ശവക്കുഴിക്കപ്പുറം നിലനിൽക്കുന്നത് എന്തുണ്ട് അതിന്റെ കയ്യിൽ നീ എന്ത് സമ്പാദിച്ചു നിലനിൽക്കുന്നതായിട്ട് എന്ത് സമ്പാദിച്ചു സ്തോത്രം എന്താണ് പറഞ്ഞത് അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവെങ്കിലേക്ക് തിരിച്ചുവരുത്തും പിന്നെ അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ദൈവത്തിന് സ്തോത്രം അവൻ മുമ്പ് ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന ഏലിയാപ്രവാചകന്റെ ആത്മാവും ശക്തിയുമുള്ളവനായി ആ ശക്തിയോടും ആ ബലത്തോടും ആ ആത്മ കൂടി അവൻ നടക്കും മാത്രമല്ല അവൻ അകന്നവരെ അടുപ്പിക്കും അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാരുടെ ഭോകത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവിന് സഖരിയാവ് ദൂതനോട് ഇത് ഞാൻ എന്തൊന്നിനാഴറിയും ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു ഒരു ഹ്യൂമൻ കാൽക്കുലേഷൻ അല്ലേ ഒരു മാനുഷികമായ കണക്കുകൂട്ടല് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇത് എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ ഞാൻ വൃദ്ധനല്ലേ എന്റെ ഭാര്യ വയസ്സ് ചെന്നവളല്ലേ എങ്ങനെയാ സാധിക്കുക എങ്ങനെയുണ്ടാകുക എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സഖരിയാവ് പറഞ്ഞു സ്തോത്രം ദൂതനവനോട് ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ ഞാൻ നിത്യനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു നീ വല്ലത് സംസാരിച്ച് വെട്ടിത്തം കാണിക്കരുത് ഞാൻ ദൈവം നിൽക്കുന്ന ഗബ്രിയേലാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും അയച്ചിരിക്കുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം ഈ നല്ല വാർത്ത നിന്നെ അറിയിപ്പാനും എന്നെ എന്നെ ദൈവം വരെ അയച്ചതുകൊണ്ടാണ് ഞാൻ വന്നത് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായി കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൌനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ദൈവത്തിന് സ്തോതം നിനക്ക് വിശ്വാസം വന്നില്ലല്ലോ നീ നേരിട്ട് കാണും അതുവരെ നീ മിണ്ടാതിരുന്നോളൂ മിണ്ട നീ ആരോടാ തർക്കിച്ചത് നീ ആരോടാ വാഗ്വാദം ചെയ്യുന്നത് എന്നോടല്ല ഞാൻ ദൈവത്തിന്റെ മാലാഖയാണ് ഞാൻ സന്ദേശവാഹുക പക്ഷേ നീ തർക്കിച്ചത് സത്യമായും ജീവനുള്ള ദൈവത്തോടാണ് നീയെ സംശയിച്ചത് ജീവനുള്ള ദൈവത്തെയാണ് സഖരിയവേ അതുകൊണ്ട് അത് നിവൃത്തിയാകുന്നത് കാണാതെ ഇനി നീ മിണ്ടുകയില്ല ഓ എന്തൊരു എന്തൊരു ഡിസിപ്ലിൻല്ലേ എന്തൊരു അച്ചടക്കം എന്തൊരു ശിക്ഷ സ്ത്രോത്രം അടുത്ത വാക്യം ജനം സഖരിയവനായി കാത്തിരുന്നു ഈ ശുശ്രൂഷ കഴിഞ്ഞ് ആരാധന ജനം കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു വളരെ താമസിക്കുന്നല്ല സമയം പോകുന്നു പണ്ടത്തെ പോലെ അല്ല ശുശ്രൂട് കഴിഞ്ഞ രണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല പുറത്തു വന്നപ്പോൾ മിണ്ടാൻ പറ്റുന്നില്ല ആരോടും മിണ്ടാൻ പറ്റുന്നില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു ഏതോ ഒരു സ്വർഗീയ ദർശനം കിട്ടിക്കാണും അതായിരിക്കും എന്നവരൂഹിച്ചു അവൻ അവർക്ക് ആംഗ്യം കാട്ടിയൂമനായി പാർത്തു ആംഗ്യം കാട്ടി സംസാരിക്കാറ് ആംഗ്യം ആംഗ്യം മാത്രമേ ഉള്ളൂ ആംഗ്യം കാട്ടിയൂമ്മനായിരുന്നു അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി ദൈവത്തിന് സ്തോത്രം ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് കിട്ടുന്നുണ്ട് കന്നിമറിയാവിനോട് ഇതേ ഗബിഗേൽ ദൂതം എന്ന് പറഞ്ഞപ്പോഴ് സംശയിച്ചു പാവം ഒന്നല്ലേ അവിശ്വാസം തന്നെയാ കന്നിമറിയ സംശയിച്ചു കന്നിമറിയാൻ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനറിയാത്ത സ്ത്രീയല്ലേ ഞാൻ ഗർഭം ധരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ കന്നിമറിയാൻ അടുത്ത കണ്ണി വായിക്കുമ്പോൾ കാണാം അപ്പത് വായിപ്പിക്കാൻ നേരമില്ല അങ്ങനെ കന്നിമറിയെ സംശയിച്ചെങ്കിലും കർത്താവ് തന്റെ വചനത്താൽ അവളെത്തി ഉണർത്തിയിട്ട് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തി എന്നിട്ട് അവളെ ഒരു സമർപ്പണത്തിലേക്ക് നടത്തി ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ അവൾക്ക് സാധിച്ചു യേശു അവളിൽ ഉരുവായി ദൈവത്തിന് സ്തോത്രം അപ്പൊ എന്തുകൊണ്ട് കന്യമറിയാമന്റെ പേരിൽ ആ ശിക്ഷ നടപടി ഉണ്ടാകാഞ്ഞി ഇവിടെ സഹരിയാവൻ അതേ കാര്യത്തിൽ തെറ്റുപെറ്റിട്ട് അത് ശിക്ഷാ വന്നതെന്താ ദൈവമക്കൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട് ഓരോരുത്തരുടെയും ആത്മാവിന്റെ അളവും പ്രായവും നോക്കിയാണ് ശിക്ഷ ദൈവത്തിന് സ്തോത്രം ഒരാൾ ചെയ്യുന്ന പാവം അതേ പാവം തന്നെ വേറൊരാൾ ചെയ്താൽ ആളുടെ പേരിൽ കണക്കിടണമെന്നില്ല അതെന്താ ഒരാൾക്ക് വരുന്ന പാപം അതേ പാവം വേറൊരാൾക്ക് വന്നാൽ കണക്കിടണമെന്നില്ല ദൈവം ഹൃദയങ്ങളെ കാണുന്നു ഓരോരുത്തരുടെ അളവും പ്രായവും ദൈവം കാണുന്നു ഓരോരുത്തരെ അറിവും പരിജ്ഞാനവും ദൈവം കാണുന്നു കന്നിമറിയാമെന്ന് കേവല ബാലികയാണ് യൌവനത്തിലേക്ക് ആലൂന്ന ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ലാത്ത സാധുവായ ബാലികയാണ് ഒരു എളിയ യുവതിയാണ് സഹകരിയാവങ്ങനെയല്ല സഹരിയാവ് നല്ല കാര്യപ്രാപ്തിയുള്ള ആത്മീയ പരിജ്ഞാനമുള്ള പഴയ പ്രവചനങ്ങളെല്ലാം അറിയാവുന്ന ദൈവം ആരാണെന്നും ഗബ്രിയാൽ ആരാണെന്നെല്ലാം അറിയാവുന്ന ആത്മീയ പക്വതയും പാകതയുമുള്ള ഒരു ദൈവദാസനാണ് സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും അധികം ഏറ്റുവാങ്ങിയെന്ന് അധികം പ്രതീക്ഷിക്കും നിങ്ങൾ വചനം കൂടുതൽ പഠിച്ചവര് വചനം കൂടുതൽ പറഞ്ഞവര് വളരെ ഭയത്തോടെ കേൾക്കേണ്ടതാണിത് നാം ജീവനുള്ള ദൈവത്തിന്റെ സല്യം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നാം വളരെ വളരെ ഭയാശങ്കരോടെ നിൽക്കേണ്ടതാണ് ദൈവത്തെ ഭയപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ദാവീത് പറഞ്ഞത് സ്റ്റാൻഡ് ഇൻ ഓവ് ആൻഡ് സിൻ നോട്ട്സ് ഭയത്തോടും റെയിലോടും വിളിതിൽ പീൻ പാവൻ ചെയ്യരുത് കോവിക്ക് പീൻ പാവൻ ചെയ്യരുതല്ല സ്റ്റാൻഡ് ഇൻ ഓവ് ആൻഡ് സിൻ നോട്ട്സ് നീ ഭയത്തോടും ഇറയിലോടും കൂടി നിൽപ്പിക്കും പാവം ചെയ്യരുത് ദൈവമക്കൾ ഇന്നത് പാവമാണെന്ന് മനസ്സിലായുകയും അനേകരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവര് ഒരു ചെറിയ വ്യാജം വന്നാ മതി ആത്മാവ് മാറിപ്പോകും ഒരു നുണം വന്നാ ഒരു വ്യാജഭാവം വന്നാ മതി ഒരു കാപട്യം വന്നാൽ മതി ഒരു സൂത്രവും കൌശലവും വന്നാ മതി സൂക്ഷിക്കുക ഹൃദയമാണ് ദൈവം നോക്കുന്നത് പറയുന്ന വാക്കല്ല പറയുന്ന പ്രവൃത്തിയല്ല ആന്തരിക മനുഷ്യന്റെ അന്താരാളത്തിലുള്ളതായ ഹൃദയത്തിന്റെ ആന്തരിക അവസ്ഥയാണ് ദൈവം നോക്കുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ഒരാൾ കോപിച്ചാൽ അത് ആളുടെ പേരിൽ പാവമായിട്ട് കണക്കണമെന്നില്ല എന്നാൽ അതേ കോപം വേറൊരാൾക്ക് വന്നാൽ അത് കഠോരമായ പാവമായിരിക്കും അതിന്റെ പിന്നിലുള്ള മെന്റാലിറ്റി അതിന്റെ പിന്നിലുള്ളതായ ആറ്റിറ്റ്യൂഡ് ആന്റ് അതിന്റെ പിന്നിലുള്ളതായ മനോഭാവവും അതിന്റെ പിന്നിലുള്ളതായ മാനസികാവസ്ഥയുമാണ് ദൈവം കാണുന്നത് നോക്കുക നമുക്ക് അധികം ലഭിച്ചവരാണ് ഞാൻ പറയും ഈ കൂട്ടായ്മ അധികം പ്രാപിച്ച കൂട്ടായ്മയാണ് ആത്മാവിന്റെ ആഴങ്ങൾക്ക് ലഹിച്ച കൂട്ടായ്മയാണ് സ്തോത്രം സമാധാനത്തോടെ പറയട്ടെ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുന്ന കഫർണവുമേ നീ വരെ താണുപോകുമെന്ന് കർത്താവ് പറഞ്ഞു ബസെയ്തതിന് ഖാകഷ്ടം കോറസീനതിന് ഖാകഷഷ്ടം നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ ചോറിലും സീതോലും നടന്നിരുന്നെങ്കിൽ അവർ എത്ര പണ്ട് തന്നെ രട്ടിലും എണ്ണീകറിലും അനുദമിക്കുമായിരുന്നു കർത്താവ് പറഞ്ഞു എന്താ പറയാൻ കാരണം എന്താ കാരണം കൂടുതൽ അവർക്ക് ലഭിച്ചു ലഭിച്ചതുപോലെ നിന്നില്ലെങ്കിൽ വലിയ അപകടം വരും വലിയ അപായ സാധ്യതയുണ്ട് സ്തോത്രം സഹരിയാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ മാലാഘട്ട് ഇങ്ങനെ പേരു പോലും പറഞ്ഞുകൊടുത്തു കൊച്ചുണ്ടായി പത്തു മാസം പാവം മോങ്ങിയായിരുന്നു കുട്ടിയുണ്ടായി ഈ യോഹന്ന സ്നാവകൻ ഭൂജാതനായി ഈ ഭൂമിയിൽ ജനിച്ചു കുട്ടിക്ക് ഒന്ന് പേരിടണല്ലോ അപ്പോ എന്താ പേരിടേണ്ടത് അപ്പനോട് ചോദിക്കുക അപ്പനോട് എഴുതി കാണിച്ചു കുട്ടിക്ക് എന്ത് പേരാടേണ്ടത് അവന് വീണ്ടാ പറ്റുവോ മിണ്ട മയ്യല്ലോ ആപ്പൻ്റെ എഴുത്തുവല ചോദിച്ചു എഴുത്തുവല കൊടുത്തു യോഹൻ ഞാനെന്ന് എഴുതി ശരി അവർക്ക് അത്ഭുതം അപ്പൊ ഇത് കിട്ടിയത് സഹരിയാവ് തീരുമാനിച്ചു ഒടയാമ്പുരാൻ കൽപ്പിച്ചതിനി അക്ഷരം ഞാൻ പാലിക്കും അനുസരിക്കും ഇനി ഞാൻ സംശയിക്കില്ല ഈ പത്ത് മാസത്തെ മൌന കൊണ്ട് ഡിസിപ്ലിൻ കൊണ്ട് ഞാൻ മര്യാദ പഠിച്ചു കൊർത്താവേ ഇനിയില്ല അതല്ലോ ഇയാ ഈ ഡിസിപ്ലിൻ കിട്ടിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ പാഠം പഠിച്ചുകൊള്ളണം ദൈവത്തിന് സ്തോത്രം പാഠങ്ങൾ പഠിച്ചു കൊള്ളണം ഡിസിപ്ലിൻ നിങ്ങൾക്ക് കർക്കശമായ ശിക്ഷണങ്ങളിൽ എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ ആ സമയത്ത് പാഠം പഠിച്ച് നിങ്ങൾ വേഗം തിരിഞ്ഞുകൊള്ളണം ഇതൊക്കെ പറഞ്ഞാൽ ആത്മീയം അറിയാവുന്നൊരുക്കാൻ മനസ്സിലാവല്ലേ സാരമില്ലേ ദൈവത്തിന് സ്തോത്രം എന്തുമാത്രം ഡിസിപ്ലിൻ എനിക്ക് കിട്ടിയിട്ടുള്ളറിയാമോ എനിക്ക് എന്തുമാത്രം ഡിസിപ്ലിൻ ഡിസിപ്ലിൻ കൂടുന്തോറും ദൈവത്തിന്റെ സ്നേഹം കൂടുന്നു നിങ്ങൾ നല്ലതാണ് മനസ്സിലാകുമോ നിങ്ങൾക്ക് മനസ്സിലാകൂ ഡിസി ഡിസിപ്ലിൻന്ന് പറഞ്ഞാൽ അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞാൽ പോരാ ശിക്ഷണം ശിക്ഷണം കൂടുന്തോറും ദൈവത്തിന്റെ സ്നേഹം കൂടുന്നു അഥവാ സ്നേഹം കൂടുന്തോറും ശിക്ഷണവും കൂടുന്നു ജീവിതത്തിൽ കഷ്ടപ്പാട് വരുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾ സമ്മതിക്കും എനിക്കറിയാൻ പാടില്ല ഞാൻ നല്ലപോലെ പഠിച്ചു ജീവിതത്തിൽ ദുരിതങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും എണിഞ്ഞാർത്തിയില്ലാത്ത സങ്കീർണമായ പ്രശ്നങ്ങളും വരുന്നത് നല്ലതാണ് നിങ്ങളാരും പടുത്തു പോകരുത് നിങ്ങളാരും ക്ഷീണിച്ചു പോകരുത് ഈ ഭർത്താവേ വിശ്രമമില്ലാതെ ഇങ്ങനെ ഒന്നു മാറി ഒന്നു മാറി കഷ്ടപ്പാട് വരികയാണല്ലോ എനിക്കിന്ന് തലനിർത്താൻ ഞാൻ ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങളാണല്ലോ നിങ്ങൾ പലരും വിഷമിച്ചിരിക്കുന്നുണ്ട് ദുരിതങ്ങൾ വരുന്നത് നല്ലതാണ് കഷ്ടപ്പാടുകൾ വരുന്ന നല്ലതാണ് എല്ലാം എന്റെ കർത്താവ് അനുവദിക്കുന്ന ശിക്ഷണങ്ങളാണ് നിങ്ങളറിഞ്ഞാൽ നല്ലതാണ് ദൈവം അനുവദിക്കുന്ന ശിക്ഷണങ്ങൾ അതാണെന്ന് നിങ്ങളറിഞ്ഞാൽ നല്ലതാണ് വിശാചി വരുത്തുന്നതായിരിക്കും പരീക്ഷകൾ പക്ഷേ അത് ദൈവം അനുവദിക്കാതെ വിശാചനം ചെയ്യാനൊക്കെയില്ല ദൈവത്തിന് സ്തോത്രം എന്തുണ്ടായി ഈ സഹരിയാവ് കുട്ടിക്ക് പേര് യോഹന പറഞ്ഞു ആ യോഹനെഴുതി ഉടനെ നോക്ക് വായിക്കാം മുപ്പത്തി ഒന്നാം അധ്യായം പിന്നെ അവനെ എന്തു പേര് വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു അവനൊരു എഴുത്തപലക ചോദിച്ചു അവന്റെ പേര് യോഹനാനെന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവന്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു എന്റെ കർത്താവിന് സ്ത്രോത്രം ഈ വായും തുറന്നു നാവും തുറന്നു സ്തുതി തുറന്നു ചുണ്ട് തുറന്നു ഹൃദയം തുറന്നു ഓ എല്ലാം അടഞ്ഞതെല്ലാം തുറന്നു പത്തു മാസം അടഞ്ഞുകിടന്നാൽ എന്ത് എല്ലാം തുറന്നു കിട്ടുമല്ലോ സ്ത്രോത്രം സ്നേഹിതരെ നിങ്ങൾ എന്തു പറയുന്നു കർത്താവേ എനിക്കൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അടഞ്ഞതെന്ന് എന്തുകൊണ്ടാണ് ഈ ക്രമീടെ വാതിൽ അടഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ചാനൽ അത് അടഞ്ഞുപോയത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് കാര്യത്തിലാണെന്ന് പിടികിട്ടുന്നില്ല കർത്താവേ എന്നാൽ ഒന്നെനിക്കിപ്പോ മനസ്സിലാകുന്നു എവിടെയൊക്കെയോ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് കർത്താവേ ഈ കൃപയുടെ ചാനൽ കൃപയുടെ കൈവഴി കൃപയുടെ അരുവി എന്റെ നേരെ തെളിഞ്ഞൊഴുകണം എന്റെ ആരോഗ്യം കുറഞ്ഞാലും എന്റെ ബലം ക്ഷയിച്ചാലും വാർദ്ധക്യം എന്നെ കൃപയുടെ ചാല് വറ്റിപ്പോകരുതേ ഹലൂ കൃപയുടെ അരുവി വറ്റിപ്പോകരുതേ സ്തോത്രം ദൈവകൃപയുടെ അരുവി വച്ചിപ്പോകാൻ ഇടവരരുത് നോക്കിക്കൊള്ളണം അവിടെ പിടിച്ചുകൊള്ളണം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹൂത്ത് ഈ ദൈവകൃപയുടെ അരിവി വറ്റിപ്പോയോ ആരെല്ലാം ഉണ്ട് നിങ്ങളും ചിന്തിച്ച് എന്നിന് ദൈവകൃപയുടെ അരുവി വറ്റിപ്പോയോ ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടാതിരിക്കുകയാണോ എന്റെ ധ്യാനത്തിങ്കിൽ തീവത്താതിരിക്കുകയാണോ അതോ ഞാൻ ഫോഷ്കിന്റെ തീക എത്തിക്കൊണ്ടിരിക്കുക അന്യാഗ്ഞി എത്തുകയാണോ ചിലർക്ക് എങ്ങനെയുണ്ട് അത് തന്നെയത് വല്യ ഭയങ്കര ബഹുള വസ്തുതിയൊക്കെ ഉണ്ടാവും പക്ഷേ ആത്മാവിടെ കാണൂല പരിശുദ്ധരെന്നാവ് കാണില്ല വലിയ പ്രൈസ്തലോടെ ഫലയിൽ ഈ ആ സ്തുതി ചാട്ടം മറിച്ചിലൊക്കെ കാണും ഈ ടി വിയിലും മറ്റൊരു ചിലര് മറിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ കർത്താവ് പിശാവാണല്ലോ ചെയ്യിക്കുന്നതെന്ന് ടി വിയിലെ സുവിശേഷ എന്താ പറയുക എന്തൊരു ബഹളം എന്തൊരു ഒച്ചപ്പാട് എന്തിന് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ വീര്യത്താൽ വിജൃംഭിതരായി സ്തുതിക്കുന്ന സ്തുതിയുണ്ട് അതിന് പ്രത്യേക അനുഭൂതിയാണ് ജഡത്തിന്റെ ഇളക്കമോ ജഡത്തിന്റെ ആ കോലാഹലമോ സ്തുതി ആത്മാവിന്റെ സ്തുതി പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആ സ്തുതിയാണ് പിതാക്കന്മാർ പറഞ്ഞത് സ്തുതിയും കാലലിയായും കർത്താവെയും നിർത്തരുതേ എന്ന് ആ സ്തുതിയാണ് വേണ്ടത് കുറച്ച് ബഹളമല്ല പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് ഗ്ലോറി ഗ്ലോറി എന്നൊക്കെ പറയുന്നതെന്നല്ല പറഞ്ഞോളൂ ആത്മാവിലാണെങ്കിൽ എന്റെ ദൈവമേ ആരെയും ആരെയും തരം താഴ്ത്തം പറഞ്ഞതല്ല കേട്ടോ ക്ഷമിക്കണേ അയ്യോ നിങ്ങൾക്കറിഞ്ഞു തോന്നിയോ ആരെയും തരം താഴ്ത്ത ഞാൻ രക്ഷം പറയാതിരിക്കട്ടെ ദൈവത്തിന് സ്ത്രോത്രം പരിശുദ്ധന്മാരെവിടെയാണെങ്കിലും അവർ ഞാൻ ആദരിക്കും ഏത് സഭയിലാണെങ്കിലും ആദരിക്കും പരിശുദ്ധന്മാര് ആത്മാവിന് തേജസ്സുള്ളവർ ഏത് സഭയിലാണെങ്കിലും ഏത് സമുദായത്തിലാണെങ്കിലും ഞാനവരെ ആദരിക്കുന്നു മാത്രമല്ല അവരെ ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ ചേർന്ന് നിൽക്കുകയും കൈത്താങ്കൾ ചെയ്യും ദൈവത്തിന് സ്തോത്രം കാരണം അക്കരെ ചെല്ലുമ്പോൾ ഞാൻ ചെറിയ ചിന്തകളെ പറയുന്നത് അക്കരെ ചെല്ലുമ്പോള് ചോദിക്കുമോ നീ പെന്തികുസുകാരനാണോ നീയെ ഒന്നുകൂടി സ്നാനപ്പെട്ടോ നീയെ അന്യഭാഷ കിട്ടിയോ നിനക്ക് നിനക്ക് പ്രവചനപരമുണ്ടോ ദൈവത്തിന് സ്തോത്രം എന്താ കർത്താവ് ചോദിക്കോ കർത്താവ് നീ ഏത് സഭക്കാരനാ നീ ശ്രുതിയുവാക്കപ്പെട്ട സഭയിൽ നിന്ന് പുറത്തുള്ള സഭയിൽ നിന്നാണോ വന്നത് അതല്ല നീ യാക്കോവായ സഭയിലായിരുന്നോ അതല്ല നീ മാത്തോക്കാരനാണോ ചോദിക്കോയ്യ ഒരിക്കലും ഉണ്ടാവില്ല കർത്താവ് അതൊന്നും ചോദിക്കില്ല നീ പരിശുദ്ധനാണോ ചോദിക്കും ഹെലോ ലോയ്യ രക്തത്താൽ തന്ന പരിശുദ്ധ ശക്തി എന്റെ രക്തത്താൽ തന്ന പാവും ശക്തി എന്റെ തിരിക്തത്താൽ നിനക്ക് ലഭിച്ചതായി നീ അനുഭവിച്ചതായ പാവമോചനത്തിന്റെയും പാപക്ഷമയുടെയും ശക്തി പാപത്തിന്റെ പേരിൽ ജയത്തിന്റെ ശക്തി മോനെ നീ അനുഭവിച്ചോ കുഞ്ഞേ നീ അനുഭവിച്ചോ ഇതാണ് ചോദിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുകയില്ല അത് അനുഭവിച്ചാൽ നാം ഭാഗ്യശാലികളാണ് ദൈവത്തിന് സ്തോത്രം ശകരിയാവിന്റെ വായി തുറന്നു എന്തൊരു ഭാഗ്യം അതിനുമുമ്പ് പുരോഹിതനായിരുന്നു മഹാവുരുതനായിരുന്നു പക്ഷേ സഹരിയാവ് പ്രവാചകനായിരുന്നില്ല ഇപ്പതാണ്ടേ ശിക്ഷണം കഴിഞ്ഞപ്പോൾ പ്രവാചക ശുശ്രൂഷയും കൂടെ കിട്ടി പ്രവാചകരായി എന്താ ചെയ്യുന്നത് അടുത്തോടൻ പ്രവചനമാണ് വാക്യം അവന്റെ അപ്പൻ സഖിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞതോ പ്രവചിച്ചു പറഞ്ഞു ഇത്രയും നാളും ശിക്ഷണമാണെങ്കിലും ഇത്രയും നാളും മൗനമായിരിക്കുന്നെങ്കിലും നന്നായി പ്രവചനത്തിന്റെ ശുശ്രൂഷേൽപ്പിക്കുകയാണ് ദൈവം സ്നേഹിതരെ നിങ്ങൾ ആവേശം കൊള്ളുമോ നിങ്ങൾ ജീവിതത്തിൽ പല പോരായ്മകൾ സംഭവിച്ചവരാണെങ്കിലും പലതരത്തിലുള്ളതായ ക്ഷീണങ്ങൾ സംഭവിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ ശുശ്രൂഷകൾ വരവേൽപ്പിച്ച് നിങ്ങളെ പുതിയ മേച്ചൽ സ്ഥലങ്ങളിലേക്ക് വിടാൻ കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പറയുന്നു പുതിയ മേച്ചിൽപ്പുറങ്ങൾ പുതിയ വയലേലകൾ അതിങ്ങനെ പരന്നു വിശാലമായി കിടക്കുകയാണ് അനാഥരായി ജനസമൂഹം ഇടയില്ലാത്ത ആടുകളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവര് പുരുഷാരം ബഹുജന പുരുഷാരം ആരുണ്ട് അവരെ സത്യത്തിൽ നയിക്കാൻ സഭഭേദം കൂടാതെ വിശുദ്ധിയുടെ വചനം കൊടുത്തവരെ നയിക്കാൻ ക്രിസ്തുവിന്റെ പാതയിലൂടെ നയിക്കാൻ ആരുണ്ട് ഞാനാ വന്ന ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ വലിയ ചുമതല ഏറ്റെടുക്കേണ്ടത് കർത്താവേ ഇവിടെ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഇബ്രാഹാം എറണാകുളത്ത് ഇബ്രഹില് പറഞ്ഞത് യേശു ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നവരെക്കൽ യേശു ക്രിസ്തു ഇങ്ങനെയുള്ളവനെന്ന് തെളിയിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കുമെന്ന് ഓ എന്ത് തീരുമാനം യേശു ക്രിസ്തു എങ്ങനെയുള്ളവെന്ന് കാണുമ്പോൾ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് അവരുടെ അടുക്കൽ യേശു ഇങ്ങനെയുള്ളവനെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കും എന്റെ ജീവിതം കൊണ്ട് യേശു ഇങ്ങനെയുള്ളവനാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ജീവിതമാണോ ഇതുവരെ നയിച്ചത് അല്ലല്ലോ അതെങ്ങനെയാ ഭർത്താവോട് കോവിക്കും ഭാര്യയോട് ആവശ്യപ്പെടും ഭാര്യയെ തല്ലും മർദ്ദിക്കും അവിടെ എന്താ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ആഗ്രഹങ്ങളുമായി ഹൃദയം അഴന്നുകിടക്കും കൂട്ടായ്മയിൽ വരും പ്രസ്നഹിക്കും സാക്ഷ്യം പറയും ഒക്കെയുണ്ട് പക്ഷേ ഹൃദയത്തിൽ ഈർഷയും കോപവും വാശിയും വിട്ടിട്ടില്ല പ്രകടമായ മദ്യപാനൊക്കെ മാറി ശരിയാണ് പക്ഷേ ഉള്ളിൽ ചില പരിഭവങ്ങളും ചില പരാതികളും ഹൃദയത്തിൽ കിടക്കുന്നു എന്നെ സ്നേഹമില്ല എന്റെ ഭർത്താവിന് എന്നെ ഒരു അദ്ദേഹത്തിന് എന്നെ സ്നേഹമില്ല മറ്റു ആരെയും സ്നേഹമാണ് എന്നോട് കരുതലില്ല എന്നുള്ള ചിന്ത ഒരു എന്റെ ഭാര്യ എന്നെ മാനിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത വേറൊരു വശത്ത് മക്കൾക്ക് എന്നെ വിലയില്ല എന്നുള്ള പരിഭവം വേറൊരു എനിക്ക് പറ്റിയ ഭാര്യയല്ല എവള് എനിക്ക് ചേരാത്തവളാണ് എന്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ല എന്റെ അത്രയും കഴിവില്ല എന്റെ അത്രയും സൌന്ദര്യം ഇല്ല ഓ എവളെ എവിടെയാണല്ലോ എനിക്ക് ദൈവം തന്നത് ഒരു പരിഭവം ഓ ഇദ്ദേഹത്തെപ്പോലൊരു മരമണ്ഠനയാണല്ലോ എനിക്ക് ലഭിച്ചത് ഒരു പ്രാപ്തിയില്ലാത്ത മനുഷ്യൻ ആ എന്റെ വിധി ഇതായിരിക്കും അങ്ങനെ ഉള്ളിൽ നിരാശയോടെ കഴിയുന്നവര് ഭർത്താവിനെ കുറിച്ച് ഇല്ലേ ഇതൊക്കെ പാവമാണ് പ്രിയരേ ഒക്കെ പാവമാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്ത് പെടട്ടെ ഈ സെഗരിയാവ് പ്രവചിച്ചപ്പോൾ പറഞ്ഞതാണ് നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര അവന്റെ ജനത്തിന്റെ പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പനുമായി നീ അവന് മുമ്പായി നടക്കും സ്തോത്രം കർത്താവിന്റെ ജനത്തെ ഒരുക്കാൻ നീ മുമ്പായി നടക്കും നീ അത്യുന്നതിന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും അത്യുന്നതന്റെ പ്രവാചകൻ സ്നേഹിതരെ എന്താണ് യോഹന്ന സ്നാവുവിന്റെ ശുശ്രൂഷ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു വാക്കാവിത് കർത്താവിന് വഴിയൊരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുക യേശുക്രിസ്തുവിന് വഴിയൊരുക്കുക അതുകൊണ്ടായിരിക്കും പക്ഷേ ഈ വിഷയം പറയണമെന്ന് തോന്നിയത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തിൽ ഒരുക്കാനാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നമ്മേ കർത്താവ് പ്രതീക്ഷയോടെ നോക്കുന്നത് കർത്താവിന്റെ ഒന്നാമത്തെ വരയിൽ ജനത്തെ ഒരുക്കാൻ യോഹന്നാസ്നാപകനും വന്നു കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു രണ്ടാമത്തെ വരയിൽ ഒരു കൂട്ടം ജനത്തെ ഒരുക്കാൻ ജീവനുള്ള ദൈവം നമ്മി ഓരോരുത്തരുമാണ് നോക്കുന്നത് നിങ്ങളോരോരുത്തരും പോകുന്ന പോകുന്ന ദേശങ്ങളിൽ വേണ്ടാ നിങ്ങളുടെ ഭവനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു വിശുദ്ധ ജനത്തെ ഒരുക്കാൻ ദൈവത്തിന് സ്തോത്രം ഇവിടെ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാം നല്ല മനോഹരമായ സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ എല്ലാം അത്യന്തം ആവേശത്തോടെ കേട്ടുകൊണ്ടിരുന്നു കാരണം ഞാൻ അവർക്ക് നിലകർത്താതെ അനേകർക്ക് നല്ല കാഴ്ചപ്പാടുകൾ തന്നല്ലോ അനേകർക്ക് നല്ല കാഴ്ചപ്പാടുകൾ നീ കൊടുത്തല്ലോ മക്കളെ ശരിയായി പഠിപ്പിക്കുന്നു മക്കളെ ശരിയായി വളർത്തുന്നു മക്കളെ അവരെ ശരിയായ രീതിയിൽ അഭ്യസിപ്പിക്കുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു ബെന്നി അല്ലേ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കൂടെ പറയട്ടെ ബെന്നി ഞാന് കോളേജിൽ ജോലി ആയിരുന്ന കാലത്ത് തന്നെ ഈ കോളേജിൽ എന്റെ വലിയ സഹായിയായിരുന്നു പ്രിൻസിപ്പൽ ആയപ്പോഴും അതുപോലെ തന്നെ ഓഫീസിൽ എന്നെ ഏറ്റവും അധികം താങ്ങിയിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ പ്രിയപ്പെട്ട കെ എ മത്തായി വാസ്തവത്തിൽ ഇവിടെ കോളേജിൽ സൂപ്രണ്ടായിരുന്നു കോളേജിൽ സൂപ്പറണ്ടായിരുന്നോണ്ട് ഞാൻ പലപ്പോഴും പരസ്യമായിട്ടും പറയാറുണ്ട് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാനൊരു പ്രിൻസിപ്പലായിട്ട് അത്രയെങ്കിലൊക്കെ ചെയ്യാനിടയായത് മത്തായി സൂപ്രണ്ടായിട്ടിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിൻസിപ്പൽഷിപ്പ് എന്റെ ക്രെഡിറ്റ് മുഴുവൻ മത്തായിരിക്കയാണ് ജ്യത പറയുന്നതല്ല ഭംഗി വക്കല്ല എനിക്കറിയാം എന്നെ താങ്ങിയത് എങ്ങനെയല്ലാമെന്ന് ഏതെല്ലാം കാര്യങ്ങളിലാണ് സഹായിച്ചതെന്ന് ഓഫീസിന്റെ മുഴുവൻ കാര്യങ്ങൾ എത്രയും ശ്രദ്ധയോടെ ചെയ്ത് ഏറ്റവും വിശ്വസ്തയോടെ ചെയ്ത് ഏറ്റവും സത്യസന്ധമായി ചെയ്ത് എന്റെ ദൈവമേ എന്നെ ഏറ്റവും അധികം സഹായിച്ചു ഈ രണ്ടുപേരും അവര് ദേശ സാക്ഷികളായി നിൽക്കുന്നത് കാണുന്നത് ഒരു വലിയ കൌതുകമാണ് സന്തോഷമാണ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ കൂടെ ചേർത്ത് പറഞ്ഞു തന്നെയുള്ളൂ ബെന്നി പറഞ്ഞില്ലേ മക്കളെയൊക്കെ ചേർത്തിരുത്തി ഞാൻ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ല പക്ഷേ എന്റെ മക്കളെ ഞാൻ ചേർത്തിരുത്തി പ്രാർത്ഥിപ്പിക്കുമെന്ന് നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രാർത്ഥന വേണം കേട്ടോ മക്കളെ ഇരുത്തി പ്രാർത്ഥിക്കണം കേട്ടോ രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് പ്രാർത്ഥിപ്പിക്കണം അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കണം അവരും കൂടെ വേദവാക്യം പറയിപ്പിക്കണം വേദവാക്യത്തിന്റെ അർത്ഥമൊന്നും അവർക്ക് അറിയാൻ പാടില്ലെങ്കിലും പറയിപ്പിക്കണം എന്നിട്ട് അങ്ങനെ അങ്ങനെയാ വേദവാക്യങ്ങൾ അവർ കാണാതെ പഠിക്കണം ദൈവത്തിന്റെ സ്തോത്രം ഒരു ദൈവവൈതൽ ഒരിക്കൽ ഒരിക്കൽ റിച്ചാർഡ് ഉംബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ദൈവവൈതൽ ഒരിക്കല് ഒരു ദൈവദാസിന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ കൊച്ചുകുട്ടിയാ കൊച്ചുകുട്ടി കണ്ടപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു വേദപുസ്തകമുണ്ട് സന്തോഷം തോന്നി റിച്ചാർഡ് ഉംബ്രാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ റിച്ചാർഡ് ഉംബ്രാൻഡ് വലിയ രക്താക്ഷിയായിരുന്നു വെച്ചാല് അദ്ദേഹം പതിമൂന്ന് കൊല്ലം റുമേനിയൻ ജയിലിലെ കമ്മ്യൂണിസ്റ്റ് പീഡനം വെച്ച് കിടന്നയാളാണ് റിച്ചാർഡ് ഉംബ്രാൻറ് അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ അവിടെ ഒരു കൊച്ചുകുട്ടിയെ കണ്ടു കുട്ടിയുടെ അപ്പനും അമ്മയും ഒക്കെ സുവിശേഷ വിലയിൽ ഈ കുട്ടി ആ കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു അദ്ദേഹം ആ കുട്ടിയുടെ ബൈബിളങ് മേടിച്ചു എന്നിട്ട് അതിൽ അതിലിങ്ങനെ എഴുതി വെച്ചു എഴുതി വെച്ചെന്താ അറിയാമോ നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാൽപ്പത്തി ആറാം സങ്കീർത്തനം ആ പെൺകുട്ടിയോട് പറഞ്ഞ മോളെ ഇത് തന്റെ നിധി ആയിരിക്കട്ടെ ഈ സങ്കീർത്തന നീയെ എന്നും വായിക്കുക എന്നും വായിച്ച് ധ്യാനിക്കുക ദൈവത്തിന്റെ സ്തോത്രം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു ഏറ്റവും അടുത്ത തുണ എന്റെ ദൈവമേ ഞാൻ വിഷയത്തിലേക്ക് പിന്നെയും വന്നില്ല എന്റെ ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യമായിട്ട് എഴുതിയത് കേട്ടോളൂ ദൈവത്തിന്റെ സ്തോത്രം ഈ പ്രവാചകൻ പ്രോഫെക്റ്റ്സ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ എബ്രായ പദം എബ്രായ പദത്തിൽ നിന്ന് നേരെ തർജ്ജം ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ബോയിൽ ഓർ ബബിൾ എന്നാണ് ബോയിൽ തിളയ്ക്കുക ബബിൾ തന്നെ തിളച്ച് പൊന്തുക അതായത് പ്രവാചകമെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കുന്നത് എന്താ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നയാളെന്നല്ലേ അല്ല അകത്ത് തിളച്ച് മറിഞ്ഞ് ആ തിളയ്ക്കുന്ന അനുഭവത്തിൽ ബാക്കിയുള്ളവർക്ക് ആ തിളപ്പ് കൊടുക്കുന്നയാള് സ്ത്രോത്രം അതാണ് പ്രവാചകൻ അകത്ത് തെളിച്ചു പറയുന്നത് എന്താണ് ഞാനിവിടെ കുറിച്ച് വെച്ചു എ ഫൌണ്ടൻ ബേസ്റ്റിംഗ് ഫ്രം ദ ഹാർട്ട് ഓഫ് മാൻ ഇൻ ടു വിച്ച് ഗോഡ് ഹെഡ് ദൈവം ഒഴിച്ചത് മനുഷ്യന്റെ ഹൃദയത്തിൽ തിളച്ചു മറിഞ്ഞിട്ട് അതിങ്ങനെ ഉയരത്തിലേക്കിങ്ങനെ കൊമളകളായിട്ട് വരുന്നത് അത് പകർന്നുകൊടുക്കുന്നയാളാണ് പ്രവാചകൻ സ്ത്രോത്രം െന്തു മനസ്സിലായി ദൈവത്തിന്റെ വേല ചെയ്യുന്നവൻ ഓർത്തുകൊള്ളുക കർത്താവ് എനിക്ക് തന്നത് ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കണം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം എന്റെ ധ്യാനത്തിങ്കിൽ തീകത്തി ബാക്കി പറയാമോ അപ്പോൾ ഞാൻ നാവിടുത്ത് സംസാരിച്ചു എന്റെ ധ്യാനത്തിങ്കിൽ തീ കെത്തി അപ്പോൾ ഞാൻ നാവിടുത്ത് സംസാരിച്ചു മുപ്പത്തി ഒമ്പതാം സം ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എന്റെ ധ്യാനത്തിങ്കിൽ തീകെത്തി അപ്പോൾ ഞാൻ നാ അവിടെ സംസാരിച്ചു സ്നേഹിതരേ നിങ്ങൾ സംസാരിക്കുന്നവരല്ലേ നിങ്ങൾ സാക്ഷ്യം പറയുന്നവരല്ലേ ഞാൻ ഓർത്തു അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു കർത്താവെ എണിപ്പിക്കാനാണെങ്കിൽ അനേകം പേര് എഴുന്നേൽപ്പിക്കാനുണ്ടല്ലോ അനുഭവമുള്ളവരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എനിക്കറിയാം പറയാനാണെങ്കിൽ ഇന്ന് പറഞ്ഞവരൊക്കെ തന്നെ വേണമെങ്കിൽ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ പറയാൻ കൊള്ളാവുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരുമാണ് പോരല്ലോ കർത്താവെ പലരും പലരും എഴുന്നേൽപ്പിക്കണമല്ലോ അതുകൊണ്ടാണ് അതൊന്ന് കുറച്ച് സമയമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ നന്നായി പറഞ്ഞതെല്ലാം നന്നായി ഞാൻ പറയട്ടെ നിങ്ങൾ എല്ലാവരും ധ്യാനത്തിങ്കിൽ തീ വെത്തിയിട്ട് നാവിടുത്ത് സംസാരിക്കാൻ ഒന്ന് കൊതിക്കാമോ കർത്താവ് എന്റെ തീ എത്തിയിട്ട് നാവടുത്ത് എനിക്ക് സംസാരിക്കണം ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചിട്ട് നാവിട്ട് സംസാരിക്കണം ഏത് ചൂടാ ജഡത്തിന്റെ ചൂടല്ല ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൂട് പരിശുദ്ധാത്മാവിന്റെ ചൂടുള്ളത്തിൽ കടന്ന് കൂടിയിട്ട് അവിടെ തിളച്ചിട്ട് ഏതാ തിളയ്ക്കുന്നത് ധ്യാനം ധ്യാനത്തിൽ തീ കെത്തിയിട്ട് എന്നിട്ടെനിക്ക് നാവെടുത്ത് സംസാരിക്കണം എന്റെ ധ്യാനത്തിങ്ങൾ തീ കെത്തുന്നില്ലെങ്കിൽ ഞാൻ മെണ്ടില്ല എന്റെ ധ്യാനത്തിങ്കിൽ തീ കെത്തുന്നില്ലെങ്കിൽ ഞാൻ മെണ്ടില്ല ഞാൻ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്റെ ധ്യാനത്തിങ്കിൽ തീ കെത്തണം കാരണം ജഡത്തിന് ശുശ്രൂഷ ചെയ്താൽ ഞാൻ ഒന്നുകൂടി മരവിക്കും ഞാൻ ആത്മാ പരിശുദ്ധാത്മാവിന്റെ സ്പർശമില്ലാതെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ അതിൽ കൂടി വരുന്നത് ഫോഷ്കിന്റെ ആത്മാവാണ് പിശാദിന്റെ ആത്മാവാണ് അന്യാ നീ എന്ന് പറയും ദോഷം ചെയ്യും കർത്താവ് അതുകൊണ്ട് ഒറിജിനലായിട്ടുള്ളത് മാത്രം നീ എനിക്ക് തരണം പ്രാർത്ഥിക്കണം ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ടേ ഞാൻ പറയും കർത്താവേ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും തരല്ലേ ഒറിജിനൽ മാത്രം മതി സ്തോത്രം ഹലോ ലോഹിയ ദൈവത്തിന്റെ സ്തോത്രം ഒറിജിനലായിട്ടുള്ള സ്തുതി എനിക്ക് തരണമേ പരിശുദ്ധാത്മാവ് തരുന്നതായ ആലോചനകൾ എനിക്ക് തരണമേ പരിശുദ്ധാത്മാവ് തരുന്നതായ ധ്യാനങ്ങൾ എനിക്ക് തരണമേ എന്റേതായി ഒന്നും വരില്ലേ സ്തോത്രം നിങ്ങൾ സുവിശേഷന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് സുവിശേഷ വേല ചെയ്യുന്നവര് ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ വേല ചെയ്യുന്നവരില്ലേ അനേകം പേര് സഹോദരങ്ങളെ പ്രവാചകനെന്ന് പറഞ്ഞാൽ ഉള്ളിൽ തീകെത്തുന്നവൻ ഉള്ളു തിളയ്ക്കുന്നവൻ ദൈവം ഉള്ളത്തിൽ പകർന്നുകൊടുത്തത് തിളച്ച് തിളച്ച് മറ്റുള്ളവർക്ക് അത് മെത്തിവരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൻ മെത്തിവരുന്ന് മെത്തിവരുന്ന് കൊടുക്കുന്തോറും ഇവിടെ മെത്തിമെത്തി വരും സ്തോത്രം എന്റെ ദൈവ ദൈവത്തിന്റെ സ്തോത്രം ആത്മാവിന്റെ നദി ഒഴുക്കണേ എന്നുള്ള പാട്ടൊന്നു പാടിക്കെ ആത്മാവിന്റെ നദി അതൊന്ന് നിങ്ങൾ എല്ലാവരും അർത്ഥം അറിഞ്ഞ് പാടാ നമ്മുടെ പുസ്തകത്തിലുണ്ട് ഞാൻ ആ പാട്ട് ആദ്യം കേട്ടപ്പോൾ ഞാനങ്ങ് തുള്ളി പോയി വാസത്തില് എന്താണത് എന്താണ് പാട്ട് ആത്മനദി എന്നിലേക്ക് ഒഴുക്കണമേ പാടിക്കെ ആത്മനദി എന്ന ിലേക്കു ഒഴുക്കുവാനായി അവലോടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥനെന്നോട് തൻകരുണ കാട്ടി ആത്മനാഥിയെന്നിലേക്കു അവൻ ഒഴുക്കി ആത്മനാഥനെന്നോട് തൺകരുണ കാട്ടി ആത്മനാദി എന്നിലേക്കും അവൻ ഒഴുക്കി ആത്മനാദീ എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താലെന്തേ ഉള്ളം തൂഴും വിപ്പോയി ആത്മനാദീ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താലെൻ്റെ ഉള്ളം തൂഴും yuru shakti ennilekenaadum anuvimisham pagarnu todanni pudiyuru shakti ennilekenaadum anuvimisham pagarnu todanni aathmavadiyante muttolamettiya pol aagulam marannu naan ആരാധിച്ചുപോ ആത്മനാദീയെന്നെ മുട്ടോളാമെത്തിയപ്പോൾ ആകുലം മാറന്നു ഞാൻ ആരാധിച്ചുപോ അത്യന്തശക്തിയാലും മൺകൂടാരമങ്ങ് സ്തുതിയുടെ ചിറകിൽ പൊങ്ങിത്തുടങ്ങി അത്യന്തശക്തിയാലും മൺകൂടാരമങ്ങ് ചിറകിൽ പൊങ്ങി തുടങ്ങി ആത്മനാഭി എൻ്റെ ആരയോളമേത്തി ആരുമാറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി ആത്മനാഭി എൻ്റെ ആരയോളമേത്തി ആരുമാറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി മനുഷ്യരോടല്ല ത്തോട് തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി മനുഷ്യരോടല്ല എൻ ദൈവത്തോട് തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി ആത്മനാദീ എന്റെ ശിരസോളമേത്തി എൻ പാദങ്ങൾ താഴെ ഊറയ്ക്കാതെയാ ആത്മനാദി എന്നെ ശിരസാളമേത്തിൻ പാദങ്ങൾ താറേ ഊറയ്ക്കാതെയാ എൻ ദേഹത്തേനോ തെല്ലും ഭാരമില്ലാതായി ആത്മനാദി അങ്ങു നീന്തി തുടങ്ങി എൻ ദേഹത്തിനോ തെല്ലും ഭാരമില്ലാതായി ആത്മനാദി ദൈവത്തിന് സ്തോത്രം എസ് കെ പ്രഭു നാൽപ്പത്തിയേഴാം ആദ്യ ഭാഗമാണ് ഇപ്പൊ പാട്ട് അത് വളരെ വളരെ ശക്തമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവെ പ്രാപിക്കാൻ നിങ്ങൾ കൊതിക്കണം കർത്താവെ പരിശുദ്ധാത്മാവിന്റെ അകത്ത് വരാതെ കർത്താവെ എന്നെ നീ ഇവിടെ പറഞ്ഞു വിടല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ചിലര് നാളെ പോകുന്നവരുണ്ട് വെള്ളിയാഴ്ച അകലു വന്നവര് നാളെ പോകുന്നവരുണ്ട് അപ്പോൾ വേറെ വീട്ടിലുള്ളവർ മറ്റുള്ളവർ നാളെ വരും നല്ലത് അല്ല പോകുന്നതിന് മുൻപ് അല്ല അവസാനം വരെ ഇരിക്കുന്നവരുണ്ട് നല്ലത് എല്ലാ ദിവസവും കർത്താവെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാഹിനിക്ക് തരണം വേറൊന്നുമല്ല കർത്താവെ എനിക്ക് വേണ്ടത് നിന്റെ ആത്മാഹനിക്കു തരണം നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നിങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിക്കണം ഇപ്പോൾ നാം ധരിച്ചു വെച്ചിരിക്കുന്നിടത്തോളം ഒന്നും പോരാ ഞാൻ എന്റെ കാര്യം പറയുന്നത് ും പ്രാപിച്ചു പോരാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാമാണ് സൗഖ്യമാണോ വേണ്ടത് സൗഖ്യം തരും പരീക്ഷ പാസാക്കാണോ വേണ്ടത് പരീക്ഷ പാസാക്കി തരും സ്വർഗ്ഗത്തിലെ ദൈവം മഹാസമ്പന്നല്ലേ എന്താ വേണ്ടത് കടം മാറുകയാണോ വേണ്ടത് അതും ചെയ്യാക്കി തരും ഒരു സംശയമില്ലേ പ്രിയപ്പെട്ടവര് ഇബ്രഹാം പറഞ്ഞില്ലേ എന്താ അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു അന്തസ്സായി മനോഹരമായി നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ബിസിനസ് ഫീൽഡല്ലേ സ്വാഭാവികമായും ചിലപ്പോൾ പൈസ ഇല്ലാതെ വരും ചിലപ്പോൾ പൈസ കയ്യിൽ വരും മറിഞ്ഞുകൊണ്ടിരിക്കും അത് പ്രയാസ അത് വരുന്ന ടെൻഷനുണ്ടല്ലോ എന്നാലും ദൈവത്തിന്റെ സ്തോത്രം എറണാകുളത്തെ ഒരു നല്ല വളരെ മുന്തിയൊരു കച്ചവടക്കാരനായിട്ട് ഇന്ന് ഇവർഹം നിൽക്കുന്നല്ലോ ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിഷയം എന്താണോ അത് നിങ്ങൾ ദൈവത്തോട് പറയണം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ട് കർത്താവേ എന്റെ ദൈവമേ എന്റെ നിന്റെ പരിശുദ്ധാത്മാവിനെ തരണം പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളുടെ ഏതൊരു കാര്യമാണെങ്കിലും അതിന് പരിഹാരമുണ്ട് നിങ്ങൾ വിശ്വസിക്കുക ദൈവം നാമത്തിൽ നിങ്ങോട്ട് പറയുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമായി നാമത്തിൽ നിങ്ങോട്ട് പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പരിഹൃതമാകും പരിഹരിക്കപ്പെടും സംശയിക്കണ്ട നിങ്ങളുടെ ജീവിതത്തെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും വലിയ ശാന്തി നിങ്ങൾക്ക് ലഭിക്കും വലിയ സുഖം നിങ്ങൾക്ക് ലഭിക്കും വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും പ്രശ്നത്തിന്റെ മധ്യത്തിൽ രോഗത്തിന്റെ മധ്യത്തിൽ പൈസയുടെ ചെരുക്കത്തിന്റെ മധ്യത്തിൽ ഓരോരോ ദുരിതങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു ശാന്തത കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ അവൻ ആധരങ്ങളുടെ യാതന നിഷേധിച്ചതുമില്ല എന്ന് ആധരങ്ങളുടെ യാതന ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ ദൈവം നിഷേധിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം അവൻ ആധരങ്ങളുടെ യാതന അവൻ നിഷേധിച്ചതുമില്ല ഏതെങ്കിലും അദ്ധലങ്ങളിൽ യാതിന് തരാതിരിക്കുന്നുണ്ടോ അതിന്റെ അർത്ഥം അത് നമുക്ക് ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ മറുപടി കിട്ടാത്തത് ഇവിടെ സഹരിയാവിനോട് പറഞ്ഞു തുടങ്ങിയത് ദൂരം പറഞ്ഞു തുടങ്ങിയത് എന്താണ് സഹരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്തോ ഒരു ധന്യമായ വാക്കുകൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കുറെ കാലമായി പ്രാർത്ഥനയൊന്നുമില്ല ആ വിഷയങ്ങളെല്ലാം വിട്ടു ആ ഇനി ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ നമുക്ക് കാണാം എപ്പോഴും സഹരിയാവനും പ്ലാനത് അതിലേറെ എലിസബത്തിനും പ്ലാനത അതാണ് ഒന്നാം അധ്യായം ഇരുപത്തഞ്ചും വാക്യങ്ങൾ കാണുന്നത് ആ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ ഇങ്ങനെ എനിക്കു ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു സ്തോത്രം എന്താണ് എലിസബത്ത് പറഞ്ഞത് അവൾ ഗർഭിണിയായി മനുഷ്യരിടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന ദൈവം നീക്കി സ്തോത്രം എന്റെ സഹോദരങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയുകയാണ് താഴ്മയോട് പറയുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിന്നയുണ്ടോ ചിലത് പറയും സാറേ എനിക്ക് വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് എനിക്ക് എന്നാ പെൺകുട്ടി എന്നെ വിളിച്ചു സാറേ എനിക്ക് വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഞാൻ പറഞ്ഞു മോളെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അത് നിനക്ക് സുപ്പീരിയോറിറ്റി ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് നിനക്ക് അർഹതയുള്ളത് വലുതാണ് അത് കിട്ടിയില്ല എന്നുള്ളതായി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിനക്ക് അർഹതയുള്ളത് വളരെ വലുതായതാണ്ടാണ് അതുകൊണ്ടാണ് നിനക്ക് ഈ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വരുന്നതെന്ന് വെച്ചാൽ അപകർഷതാബോധം അപകർഷതാബോധം പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പലർക്കും ചില നിന്ദകളുണ്ട് ചില കാര്യങ്ങളിൽ ഒരു നിരാശയുണ്ട് ചില കാര്യങ്ങളിൽ അയ്യോ എനിക്ക് എനിക്ക് എന്റെ ഭർത്താവ് സ്നേഹമില്ലാത്ത മനുഷ്യനായി പോയല്ലോ അദ്ദേഹം എല്ലാം മുടിക്കുന്നവനായി പോയല്ലോ അദ്ദേഹം എല്ലാം കളഞ്ഞു വിളിക്കുന്നതിനായി പോയല്ലോ അല്ലെങ്കിൽ വേറെയുള്ളവർക്ക് എനിക്ക് സൌന്ദര്യമില്ല ഒരു വിവാഹാലോചന വരുന്നില്ല എനിക്കൊരു വിവാഹം നടക്കുന്നു പ്രതീക്ഷിക്കാനും വഴിയില്ല ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഓ എനിക്ക് പഠിക്കാൻ കഴിവില്ല ഞാൻ പരീക്ഷ എഴുതാലും പാസ്സാവില്ല ഓ ഞാൻ ഇങ്ങനത്തെ ഒരാളായി പോയില്ലേ ദൈവം എന്നെ എങ്ങനെയല്ലേ സൃഷ്ടിച്ചത് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പലർക്കും ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ട് പല കാര്യങ്ങളിലുണ്ട് എന്നാൽ നിങ്ങളോട് പറയട്ടെ ഏറ്റവും കൂടുതൽ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഭരിച്ചൊരു മനുഷ്യനാണ് ഞാൻ ഞാൻ ഏറ്റവും ദുഃഖിതനായിരുന്നു ഏറ്റവും മ്ളാനായിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ വിസ്തരിക്കുന്നില്ല ഞാൻ പറയട്ടെ ഞാൻ വളരെ വളരെ ഒറ്റപ്പെട്ടവനായിരുന്നു ആർക്കും വിലയില്ലാത്തവനായിരുന്നു സ്വന്തമായിട്ട് ഒരു മാനവും മഹത്വവും ഒരു പേരും പെരുമയില്ലാത്തവനായിരുന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവര് എന്റെ അപ്പൻ ഒരു വയസ്സിൽ എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴപ്പം മരിച്ചതുകൊണ്ട് അങ്ങനെ അനാഥനായിരുന്നു എന്റെ അമ്മ മുപ്പതാമത്തെ വയസ്സ് വിധവയായതുകൊണ്ട് അമ്മയുടെ കണ്ണുനിരേണ്ടി വളർന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദുഃഖിക്കാൻ പറന്നവരാണെന്നുള്ള ചിന്തയായിരുന്നു എന്നും ദുരിതം എന്നും ദുരിതത്തിനും ഒരു കയറ്റമുണ്ടോ എല്ലാം തകർന്നു പോയൊരു കുടുംബം പ്രതീക്ഷകൾ തകർന്നു പോയൊരു കുടുംബം ഇവിടുന്ന് കൃത്യം പറയുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചെന്നാൽ പെരുമ്പാവൂർ വഴിക്ക് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വരാം നിങ്ങൾക്ക് പലരും മരുന്നവരാണല്ലോ രണ്ടാം ശനിയാഴ്ച ഒക്കെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ദൈവത്തിന് സ്തോത്രം എല്ലാവിധത്തിലും തളർന്നു പോയൊരു മനുഷ്യൻ എല്ലാവിധത്തിലും മനസ്സുമടുത്തുപോയൊരു മനുഷ്യൻ ഭാവിയിലേക്ക് നോക്കി ആശയ്ക്ക് വകയില്ല പത്താം ക്ലാസ് വരെ പഠിച്ചു പിന്നീട് പഠിത്തവും തീർന്നു എല്ലാം തീർന്നു ഇനി മുന്നോട്ട് പഠിക്കുമെന്നൊരു പ്രതീക്ഷയില്ല അതിന് സാധ്യതയുമില്ല അതിന് പൈസയും ഇല്ല സ്തോത്രം കാരണം അന്ന് ഞാൻ പത്താം ക്ലാസ് പാസ്സായപ്പോൾ ആലുവ യു സി കോളേജുണ്ട് എറണാകുളം മഹാരാജ് കോളേജ് ഉണ്ട് വേറെ കോളേജ് ഒന്നുമില്ല മുമ്പാറ്റൂർ കോളേജോ ഗോതമംഗലം കോളേജോ ഒന്നുമില്ല ഇവിടെയോ കോളേജില്ലല്ലോ നാട്ടിൽ കോളേജ് ഉണ്ടാകുന്നൊക്കെ ഭാഗ്യമാണ് ഇന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ റീപീഡ് പറഞ്ഞു ഈ നാട്ടിലൊരു കോളേജ് വന്നതുകൊണ്ടല്ലേ എനിക്ക് നാട്ടിൽ ജോലി കിട്ടാനിടയായത് നാട്ടിലൊരു കോളേജ് വന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എനിക്ക് ആദ്യം അപ്പോയിന്റ്മെന്റ് കിട്ടിയത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ഞാൻ പോയി താമസിച്ചാൽ എന്റെ കുടുംബം എങ്ങനെ പോകും എന്തു നാട്ടിൽ ഈ മാനേഹനോട് നീ കടപ്പാടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മാനേജ്മെന്റ് ഇങ്ങനെ കോളേജ് തുടങ്ങിയതുകൊണ്ടല്ലേ എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കാനത്തത് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ പലതിലും ഞാൻ നിന്നതിനായിരുന്നു പലതിലും ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു പലതിലും ഞാൻ താഴവനായിരുന്നു പലതിലും ഞാൻ കുരിഞ്ഞവനായിരുന്നു എപ്പോഴും ഒരു മ്ലാനമുഖമായിരുന്നു ഒരു മുഹത്ത് പ്രസാദമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ പതിനേഴ് വയസ്സുവരെ അങ്ങനെ ഞാൻ ജീവിച്ചു പതിനേഴ് വയസ്സുവരെ പതിനേഴാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ ഒരു ചെറിയ പ്രാർത്ഥന യോഗത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തെ പിളർന്നു എന്റെ ചങ്കിനെ പിളർന്നു ആ വചനം എന്റെ ഹൃദയത്തെ തൊട്ടു ആ വചനവരെ മാനസാന്തേക്ക് നടത്തി അന്നും അവർ ഞാൻ ഭാഗ്യവാനായി മാറി ഒറ്റ ദിവസം കൊണ്ട് മാനത മാറി എന്നേയും പറയില്ല കാരണം പലതും പലതും ശരിയാകാറുണ്ടായിരുന്നല്ലോ എന്നാൽ അന്ന് ഞാൻ പരിശുദ്ധനായി എന്നെയും പറയില്ല ഇന്നും ആയില്ല പക്ഷേ അന്ന് ഒട്ടേറെ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു ദൈവത്തിന്റെ സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ അന്ന് എന്റെ ജീവിതത്തിൽ ഭാഗ്യനക്ഷത്രം ഉദിച്ചു അത്ര എനിക്ക് പറയാം അത് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ നിന്ന് നീക്കുവാൻ കരുണയുള്ള കർത്താവ് നിങ്ങളെ കടാഴ്ചയ്ക്കും ദിവസമായിരിക്കാം നിങ്ങളുടെ നിന്ന് നീക്കുവാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിന്നയുണ്ട് ഏതെല്ലാം തരത്തിലുള്ളതായ ആക്ഷേപമുണ്ട് മേടിച്ചാൽ കൊടുക്കില്ലാത്ത പേരുണ്ടോ മേടിച്ചാൽ കൊടുക്കില്ലാത്ത എന്നും കടക്കാരൻ കടമാണ് അങ്ങനെയാണോ നിങ്ങളുടെ പേര് വാക്കു വ്യത്യാസം പറയുന്നതെന്നാണോ പേര് ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്താണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ ഒരു സ്വന്തം ഇല്ലാത്തൊരു കഴിവില്ലാത്തവൻ മണ്ടൻ മരമണ്ടൻ ഇതാണോ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എല്ലാമായിരിക്കാം അപ്പൊ കാണാനോ ചന്തമില്ലാത്ത പെൺകുട്ടി എവിടെ കേട്ടാനാണ് ഇതായിരിക്കുമോ ചിന്തിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട അവൾക്കെന്ന നിറമുണ്ടോ എന്നാ സൌന്ദര്യമുണ്ട് അങ്ങനെയായിരിക്കുമോ ചിന്തിക്കുന്നത് നിങ്ങളെങ്ങനെ ചിന്തിക്കേണ്ട ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ സമയം മുന്നോട്ട് പോയല്ലോ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യ സംഭവം പറയട്ടെ എന്റെ ദൈവത്തിന് സ്തോത്രം അവിടെ ജോർജ് അഞ്ചാമൻ ചക്രവർത്തി ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന കാലത്ത് കേൾക്കാമോ ഞാൻ ഈ പറയുമ്പോൾ ജോർജ് അഞ്ചാമൻ ചക്രവർത്തി ഇംഗ്ലണ്ട് ഭരിക്കുന്ന കാലത്ത് സൈന്യത്തിൽ അനേകം യുദ്ധത്തിൽ മുറിവേറ്റു യുദ്ധത്തിൽ വലിയ യുദ്ധമായിരുന്നു അനേകം മുറിവേറ്റു ഒരു പടയാളിയുടെ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടു മാത്രമല്ല അവന്റെ കാലിൽ രണ്ട് കാലിലും പരുക്കു പിന്നീട് ആ കാലു മുറിക്കേണ്ടി വന്നു നടക്കാനും വയ്യ കാണാനും വയ്യ അവൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴ് അവൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഏ ഒരു ഉപകാരം ചെയ്യാമോ ഇനി അങ്ങ് കൊല്ലാമോ എന്നെ കുത്തിവെച്ച് കൊല്ലാമോ എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു അയ്യൂയ്യൂ പാടില്ല നീ രാജാവിന്റെ സൈന്യത്തിലൊരംഗമാണ് ഞാൻ ചെയ്താൽ എനിക്ക് കുറ്റം വരും ഞാൻ ചെയ്യില്ല ഞാനങ്ങനെ ചെയ്യില്ല ഞാനിങ്ങനെ നിനക്ക് മരണം വരുത്തില്ല എന്റെ ഡോക്ടറെ എനിക്ക് വയ്യ അതുകൊണ്ടാണ് രണ്ട് കയ്യും രണ്ട് കണ്ണും ഇല്ലാതെ ഞാൻ കഴിഞ്ഞിട്ട് എന്താ പ്രയോജനം രണ്ട് കണ്ണും ഇല്ല രണ്ട് കയ്യുമില്ല പ്രായം എത്രയായു ഡോക്ടർ ഉപകാരം ദയവായിട്ട് ഒരു ഉപകാരം ചെയ്യുക എന്ന് ഞാൻ കൊല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ അനുഭവത്തിൽ കഴിയണ്ടല്ലോ പാവം തകർന്നിട്ടാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യില്ല ഡോക്ടർ പിന്നെയും പിന്നെയും പറഞ്ഞു അവസാനം അവനൊരു നേഴ്സിന്റെ കയ്യിൽ ഒരു ഒരു എഴുതാൻ പറഞ്ഞു നേഴ്സോട് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം നേഴ്സൊന്ന് എഴുതണം എഴുതി രാജാവിനൊരപേക്ഷ പുനിരയിന് ഒരു കാര്യം ചെയ്യണം എന്നെ ഒന്ന് കൊല്ലാൻ അനുവദിക്കണം രാജാവിന്റെ പഠനായിപ്പോയതുകൊണ്ട് സൈന്യത്തിലുള്ള ഒരു അംഗമായതുകൊണ്ട് മിലിട്ടറിയിലായതുകൊണ്ട് എന്നെ കൊല്ലാൻ നിർവ്വാഹമില്ല രാജാവിന്റെ സേവകനാണെന്നാണ് ഡോക്ടർ പറയുന്നത് രാജാവ് എനിക്കൊരു ഉപകാരം ചെയ്യണം അത്രയും മതി വേറൊന്നും വേണ്ട എനിക്ക് വേറൊരു പ്രതിഫലവും വേണ്ട എന്നെ കൊല്ലാൻ ആ ഡോക്ടർക്ക് നിർദ്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരപേക്ഷ നേഴ്സ് അങ്ങനെ തന്നെ എഴുതി നേഴ്സ് അത് കൊട്ടാരത്തെത്തിച്ചു രാജാവ് ഉടനെ ടെലിഗ്രാം അയച്ചു ടെലിഗ്രാം അയച്ചു നിന്നെ ആർക്കും കൊള്ളില്ലാത്തതെന്ന് എനിക്ക് തോന്നില്ലേ പക്ഷേ രാജാവിന് നിന്നെ ആർക്കും കൊള്ളില്ലാത്ത നീ വിചാരിച്ചില്ലേ രാജാവിന് നിന്നെ വേണം അതിനെ തുടർന്ന് മൂന്നാം ദിവസം അവന് ഒരപ്പോ ഹൈലിന്റെ ഓർഡർ കൊട്ടാരത്തിൽ തന്നെ ജോലി വേറെ ജോലിയൊന്നുമില്ല അവിടെ അവൻ രാജാവിന് ഇന്നും കാണത്തക്കവണ്ണം അവിടെ കിടന്നാൽ മതി ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു പറയട്ടെ ദൈവത്തിന് സ്തോത്രം നിങ്ങളെ രാജാവിനൊന്നും കാണാൻ കിട്ടിയാൽ മതി നിങ്ങൾക്ക് ലോകത്താർക്കും കാണണ്ട ഭർത്താവിന് കാണണ്ട മക്കൾക്ക് കാണണ്ട ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ഓഫീസിലുള്ള ആർക്കും കാണണ്ട എല്ലാവർക്കും കാണാൻ നിങ്ങളോട് വിരസതയാണ് കൂട്ടായ്മയുള്ളവർക്കും ചിലപ്പോൾ വിരസതയായിരിക്കും എന്നാൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ പറയട്ടെ രാജാവിനെ നിങ്ങളെ കാണാൻ താൽപര്യമാണ് എന്തും കാണാൻ താൽപര്യമാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി രാജാവിന് മനസ്സാണ് സ്തോത്രം എന്റെ കർത്താവിന്റെ വലിയ നാമം മുഹത്തപ്പെടട്ടെ എനിക്ക് കൂടുതൽ പറയാൻ അറിഞ്ഞുകൂടാ കൂടുതൽ വർണ്ണിക്കാൻ കഴിവില്ല പക്ഷെ ഒന്നെനിക്കറിയാം എന്റെ രാജാവിന് എന്നെ എന്നും കാണാൻ ആഗ്രഹമാണ് എന്റെ രാജാവിന് എന്റെ അനുവാളനായ കരുണയുള്ള കർത്താവിന് എന്നെ എന്നും കാണാൻ താല്പര്യമാണ് എന്നെ എന്നും കാണുന്ന എടുത്ത് കാണാൻ അവൻ ആഗ്രഹമാണ് പ്രാർത്ഥനാ മുറിയിൽ നിന്നെ കാണാനാഗ്രഹമാണ് ദൈവവേലിനെ കാണാൻ ഒരാഗ്രഹമാണ് എന്റെ രാജാവിനെ എന്നെ കാണാൻ ആഗ്രഹമാണ് മോനെ നിന്നെ കാണാൻ ആഗ്രഹമാണ് സ്വർഗീയ രാജാധി രാജന് നിന്നെ കാണാൻ ആഗ്രഹമാണ് അവൻ പറയുന്നു ആർക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന് മോളയെ അവൻ നിന്നോട് പറയുന്നു മോളെ ആർക്കു നിന്നെ വിലയില്ല എനിക്ക് നീ വിലയേറിയവളാണ് എന്ന് എനിക്ക് നീ വിലപ്പെട്ടവളാണ് എന്ന് ദൈവത്തിന്റെ സ്തോത്രം ഇന്നീ പകൽക്കാലം ഇവിടെ നെഴുനിൽക്കുന്ന മുൻപ് അവന് വിലപ്പെട്ടവരായി രാജാധി വിലപ്പെട്ടവരായി എഴുന്നേക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എങ്കിൽ രാജാധി രാജ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളെല്ലാം പുറത്തു തരും അവന്റെ കയ്യിലെ ആണിപ്പാടുള്ള കരത്തിലെ ചോരചിന്തിയ പാടിൽ നിങ്ങളുടെ പാപം വഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെയാ തിരി രക്തം വാർന്നൊഴുകുന്ന ആ കൈത്തണ്ട് നിങ്ങളുടെ തലമേ വെച്ച് നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ പാവങ്ങളെല്ലാം കഴുകപ്പെടും നിങ്ങൾ വിശ്വസിക്കൂ ഒന്നേ വേണ്ടു രാജാധി രാജാ ഇത്രയും കാലം ഞാൻ എന്നെ തന്നെ നോക്കി നിരാശപ്പെട്ടുകൊണ്ടിരുന്നു പലതിലും പലതിലും ഞാൻ തളർന്ന അവശനായിരുന്നു എന്റെ ദുഃഖം മറക്കാനും എന്റെ നിരാശ മാറാനും ഞാൻ കുടിച്ചു പക്ഷേ എന്റെ കർത്താവെയെ കുടിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല അത്ര നേരമെങ്കിൽ ലഹരി പിടിച്ച് മറന്നുപോകുമല്ലോ എന്നാണ് എന്റെ ദൈവം നീ എന്നോട് ക്ഷമിക്കണമേ കർത്താവെ നിന്റെ തൊട്ടാൽ മദ്യവാനശീലം മാറിപ്പോകും നിന്റെ തിരി തൊട്ടാൽ എന്റെ കോപസ്വഭാവം മാറിപ്പോകും എന്റെ ദൈവമേ ഗർഭഛിദ്രത്തിന്റെ പാപങ്ങൾ എന്റെ പേലുണ്ട് കർത്താവെ ചിലരെ ഉപദ്രവിച്ചതിന്റെ കേടുകൾ എനിക്കുണ്ട് ചിലർക്ക് ദോഷം വരുത്തിയത് എന്റെ ശാപങ്ങൾ എന്റെ മേലുണ്ട് ചിലരെ ഞാൻ ദ്വേഷിച്ചതിന്റെ ദോഷങ്ങൾ എന്റെ മേലുണ്ട് എന്റെ തലമേൽ വന്ന ചെല്ലാ ശാപങ്ങളും കർത്താവേ എന്റെ എന്റെ ശേഷം എന്റെ മക്കളുടെ മേൽ വരാതെ ഇപ്പോൾ തന്നെ നീ അത് ഇവിടെ വെച്ച് മുറിച്ചു തരണം ദൈവത്തിന് സ്തോത്രം അത് മുറിക്കാനുള്ള ഒരേ ഒരായുധ നിന്റെ തിരി രക്തം മാത്രമാണ് ഒരു കൂട്ടായ്മയല്ല ഒരു ദൈവം ഇതിലല്ല ശാപം മുറിക്കാനേശ രക്തത്തിന് മാത്രമേ കഴിയൂ കർത്താവെ ഞാനത് വിശ്വസിക്കുന്നു ദൈവമേ ശാപം മാറാനുള്ള ഒരേ ഒരു പോകാൻ വഴി യേശുവെ നിന്റെ തിരു രക്തം എന്റെ മേൽ തളിക്കുന്നതാണ് ഞാൻ തിരുവംബാവ് ഒരു വാക്കു പറയുകയാണ് മേലിൽ ശാപകരമായ ഒന്നും എന്റെ ജീവിതത്തിൽ വരികയില്ല മേലിൽ പാവമമൊന്നും വരികയില്ല മേലിൽ തിന്മയൊന്നും വരികയില്ല നാഥാവുടയവനെ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും നിങ്ങൾക്ക് ദൈവത്തോട് വാക്കു പറയാം എന്റെ നിങ്ങൾക്ക് വാക്കു പറയാം രാജാധിരാജാനോട് വാക്കു പറയാം അവന്റെ കൈ രക്തം പുരണ്ട കരം ആ തിരു പുരണ്ട കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട് അവൻ വാത്സല്യത്തോടെ വന്നിരിക്കുകയാണ് അവൻ നിങ്ങൾ ആരോടും വഴക്കിടയുന്നില്ല അവൻ നിങ്ങളോട് പിണങ്ങുന്നില്ല അവൻ നിങ്ങളെ വഴക്ക് പറയുന്നില്ല അവൻ നിങ്ങളെ ശാസിക്കുന്നില്ല അവൻ സ്നേഹം മാത്രം നിങ്ങൾക്ക് തരികയാണ് പ്രിയപ്പെട്ടവരെ കരുണ മാത്രം പകരുകയാണ് സ്നേഹം മാത്രം തരികയാണ് പരിശുദ്ധാത്മാവിന് പകരുകയാണ് ഈ സമയം നിങ്ങൾ കളയാതെ എന്റെ നാഥ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ എന്റെ പുതിയ സൃഷ്ടി എന്റെ രാജാധിരാജാ ഈ നിമിഷം മുതൽ ക്ഷക ഈ നിമിഷം മുതൽ ഞാൻ പുതിയ മനുഷ്യൻ ഇന്ന് വരെ ഞാൻ ദൈവദ്വേഷി എന്നാൽ ഇന്ന് മുതൽ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷി ഹലലുയ ഹലലുയ ഹലലുയ അങ്ങനെ ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട് നിങ്ങളോട് കരമുയർത്താനൊന്നും ഞാൻ പറയില്ല ദൈവത്തിന് സ്തോത്രം അല്ല കരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഉയർത്തുന്നതിന് പക്ഷേ നിങ്ങൾ അങ്ങനെ കര ഉയർത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എഴുന്നേര് നിൽക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല ഹലലുയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം പക്ഷേ ഇപ്പോൾ ഒന്ന് മാത്രങ്ങൾ പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ നിങ്ങൾ എഴുതി വയ്ക്കുമോ യേശുവേ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക നിന്റെ തിരു രക്തത്താലിന് കഴുകണമേ ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി യേശുവേ നിന്റെ തിരു രക്തത്താലിന് വീണ്ടെടുക്കുവാൻ ക്രൂസിൽ വെച്ച രക്ഷക എന്റെ ഹൃദയത്തിൽ കർത്താവെ നീ കടന്നു വരണമേ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി യേശുവേ ഞാനിത് തിരുവിൻപാക വരുന്നു എന്നെ നീ കൈക്കൊള്ളണമേ യേശുവേ ഞാൻ നിന്റെ പാതപിടുത്തിലേക്ക് വരുന്നു എന്നെ നീ സ്വീകരിക്കണമേ യേശുവേ വൈരിയായി ബിശാജനോട് ഞാനിതായി യാത്ര പറയുന്നു യേശുക്രിസ്തു കർത്തവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്റെ ഉള്ളത്തിലേക്ക് വരണമേ ആത്മാർത്ഥമായി ഞാൻ കൈക്കൊള്ളുന്നു എന്റെ ഹൃദയത്തിലേക്ക് വരണമേ ദുഷ്ടാത്മസേനകളെ വിധ്വംസിച്ച് അകറ്റണമേ പൈശാജു ശക്തികളെ ഭത്സിച്ചു മാറ്റണമേ എന്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണമേ ഹല ലുയ ഹലലുയ ഹലലുയ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുത്താൽ ഇപ്പോൾ യേശുവിന്റെ കരങ്ങളെ ശരസിൽ വയ്ക്കും നിങ്ങളുടെ പാവക്കരകൾ കഴുകും ഇതുവരെ വന്നുപോയ സകല പാവങ്ങളും അറിഞ്ഞും അറിയാതെയും മനസ്സോടെയും മനസ്സുകൂടാതെയും വന്നുപോയ സകല പാവങ്ങളും കരണിയുള്ളവർത്താവ് ക്ഷമിച്ചു തരും ഒന്നേ വേണ്ടൂ നിങ്ങൾ തീരുമാനിക്കൂ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ യേശുവിനോട് വാക്ക് പറയൂ ഇന്ന് മുതൽ ഞാൻ നിന്റെ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ ഞങ്ങളെ വാത്സല്യത്തോട് മാടി അടുപ്പിക്കുന്ന കരുണയുള്ള കർത്താവേ തണുതുപോയെ ഞങ്ങളുടെ ഉള്ളത്തിൽ തീ പകരുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം അപ്പ നിന്റെ ഈ മക്കളോടൊന്ന് മനസ്സലിഞ്ഞതിനായി സ്തോത്രം തീരുമാനമെടുക്കുവാൻ അനേകരുടെ ഹൃദയത്തിൽ നിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനായി സ്തോത്രം എന്റെ കർത്താവെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം എല്ലാവരെയും വാഴ്ത്തണപ്പ എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ രോഗികളെ ശുദ്ധമാക്കണം സൌഖ്യമാക്കണം മനസ്സ് നുറുങ്ങി വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണം ഭർത്താവ് നഷ്ടപ്പെട്ടവർക്ക് കർത്താവെ ആശ്വാസദായകനാനി കൂടെ ഉണ്ടായിരിക്കണം ഭാര്യ മരിച്ചുപോയവർക്ക് കരുണിയുള്ള കർത്താവ് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരിക്കണം കർത്താവെയും മാതാവിയതൊക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് നാഥനും കർത്താവും രക്ഷകനും അപ്പനുമായി എന്റെ യേശു കൂടെ നിൽക്കണം ഹലോയ്യ പൈസയ്ക്ക് വലയുന്നവർക്ക് മുന്നോട്ടൊരു ഗതി കാണിച്ചു കൊടുക്കണം എന്റെ കർത്താവെ പല രീതിയിലുള്ളതായ ആവശ്യങ്ങളിൽ നിന്ന് ഒരു സമാധാന ജീവിതം എന്റെ കർത്താവ് കൊടുക്കണം യേശുവെ ഈ ജനത്തെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണം ഈ ജനത്തിന്റെ കാര്യം വയ്ക്കണം ണം ഈ ജനത്തെ വിശുദ്ധീകരിക്കണം ഈ ജനത്തെ ആരെയും വെറും കൈയ്യായി പടഞ്ഞു വിടരുതപ്പാ ലൂയൂയ ഹലലൂയൂയൂയൂയൂയ അലലൂയ എല്ലാ നന്മകളാല് ഞങ്ങൾ നടക്കുന്നതിനായി സ്ത്രോത്രം മഹത്വരെ രക്ഷകൻ മാത്രം എടുക്കണമേ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപ്പ ഞങ്ങൾ താഴ്മയോടെ യാജിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ മീൻ